അടുത്തത് ക്ഷീരാബ്ദിമനാമ കഥയാണ് ദുർവാസ മഹർഷിക്ക് ഒരിക്കലും എവിടുന്നു ഒരു ദിവ്യമാല കെട്ടി ഒരു ദേവസ്ത്രീ കൊടുത്തു എന്നാണ് സുരവനിതാത്ത സുരവനിതാപ്ത ദിവ്യമാല്യം ഒരു സുരവനിതയിൽ നിന്നും ഒരു മാല കെട്ടി ദുർവാസാവിന് ഇങ്ങനെ ഇരിക്കുമ്പോ ആരെടുത്തെങ്കിലും ഒക്കെ ഒന്ന് സ്നേഹം തോന്നും അവർ കേളരെ ശനിയാണെങ്കിലും അപ്പഴായിരിക്കും ദുർവാസാ മഹർഷിക്ക് അവരോടൊരു സ്നേഹം തോന്നുക ഒന്ന് കണ്ടിട്ട് വന്നകളെ ആൻ തോന്നു അങ്ങനെ ദുർവാസാ മഹർഷിക്ക് ഇപ്പൊ സ്നേഹം തോന്നിയത് ഇന്ദ്രനോടാണ് അപ്പൊ ഇന്ദ്രന് ആ മാലയും കൊടുക്കാനായിട്ട് ദുർവാസാ മഹർഷി മാലയും എടുത്തു വന്നു ഇന്ദ്രന് ഇന്ദ്രൻ ആ സമയത്ത് അയിരാവത ആനയുടെ മേലെ ഇരിക്കുക ആനയുടെ മേലെ ഇരിക്കുമ്പോ പ്രത്യേകിച്ച് മഹാത്മാക്കൾ വന്നാൽ ഉടനെ ചുവട്ടിലിറങ്ങി വന്ന് നമസ്കരിച്ച് സ്വീകരിച്ച് അവര് തരുന്ന പ്രസാദം അപ്പൊ തന്നെ വാങ്ങണം അങ്ങനെ വാങ്ങിയിട്ടില്ലെങ്കിൽ സാധാരണ മഹാത്മാക്കൾ കോപിക്കൊന്നുമില്ല ക്ഷമിക്കും പക്ഷേ വരുന്ന ആളാരും ഇതാണ് പറയണത് ഇന്ദ്രന് ഈ മനുഷ്യന് തലയിലെടുത്ത് നന്നല്ലെങ്കിൽ സമയത്തിന് ബുദ്ധി തോന്നില്ല ഇപ്പൊ ഈ ആനപ്പുറത്തിരുന്നിട്ട് കൈനീട്ടി അത് തന്നെ അബദ്ധം അതിനു ദുർവാസാവു കോപിക്കാത്തതേ വലിയ കാര്യം അപ്പൊ ദുർവാസാവ് അതിന് കുറച്ചു മുമ്പാണ് എവിടെയോ ഒരു പ്രസംഗം കേട്ടിട്ട് വന്നിരിക്കുന്നത് കോപിക്കാൻ പാടില്ല കോപത്തിനെ അടക്കണം എന്നൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അത്ര ഇപ്പൊ ഈ മാല ആനയുടെ മേലെന്ന് കൈനീട്ടി വാങ്ങിച്ചപ്പോ കോപിക്കാത്തതേ വലിയ കാര്യം ദുർവാസ തൽക്കാലത്തിന് ക്ഷമിച്ചിട്ട് മാല കൊടുത്തു ഇന്ദ്രൻ അപ്പോഴാണ് ഇന്ദ്രന് തല ചൊറിഞ്ഞത് അപ്പൊ തലമുടി കോതി കെട്ടാൻ വേണ്ടിട്ട് ആനയുടെ മസ്തകത്തിലേക്ക് മാലയിൽ വെച്ചു എന്നിട്ട് തലമുടി കെട്ടി ആനയ്ക്കുണ്ടോ ഇത് പുഷ്പത്തിന്റെ സുഗന്ധം കേട്ടൊരു വണ്ട് പറന്നു വന്നു ആ വണ്ടു വന്നപ്പോ ആന ആ വണ്ടിന്റെ മുകളിൽ കെട്ടിട്ട് ആന മാല വലിച്ചു ചോട്ടലിട്ടു എന്നിട്ട് ചവിട്ടി എല്ലാ അഞ്ചു മിനിറ്റ് കൊണ്ട് നടന്നു ദുർവാസ നിന്ന് വിറക്കുകയാണ് കോപം കൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊക്കെ തോന്നിയാവാസ അദ്ദേഹമാണ് ഞാനേ എവിടുന്നു ഒരു മാല കിട്ടി തനിക്ക് തരാന്ന് പറഞ്ഞു വന്നു അപ്പൊ നിങ്ങൾക്ക് അഹങ്കാരമേറിയിരിക്കുകയാണ് അതാണ് പ്രസാദത്തിനെ ചുവട്ടിലിട്ട് ചവിട്ടി ശരി ഐശ്വര്യം ഇല്ലാതെ പോകട്ടെ ഒക്കെ ക്ഷയിച്ചു പോകട്ടെ ബലക്ഷയം വരട്ടെ എന്ന് ശപിച്ചു अगले दुर्वासाहर्षि शापं को शापेन प्रथितरेतरीद्रे देश्यसुरजिदु निष्प्रभेशु शर्वाद्यामलजेत निर्वाण प्रभव समंत आपु कोपम शचु ശാപത്തിന്റെ ഫലമായിട്ട് ദേവന്മാരൊക്കെ ശക്തിക്ഷയമേർപ്പെട്ട് ദേവന്മാരെല്ലാരും കൂടെ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി നിർവാണപ്രഭവ സമം ഭവന്തമാപുഹു എല്ലാവരും കൂടെ ഭഗവാന്റെ അടുത്ത് വന്നു ഇവിടെ വാക്കുകൊണ്ട് സൂചിപ്പിച്ചു നിർവാണപ്രഭവ സമം ഭവന്തമാപുഹു നിർവാണപ്രഭവനായ ഭഗവാൻ നിർവാണം എന്ന് ബ്രഹ്മാനുഭവം സമാധി ബ്രഹ്മജ്ഞാനത്തിന്റെ ലക്ഷണമോ സമദർശിത്വം സർവത്ര ബ്രഹ്മദർശനം അങ്ങനെ ബ്രഹ്മദർശനം ഏർപ്പെട്ടവർക്ക് ഏർപ്പെടുന്ന അനുഭൂതി ബ്രഹ്മ ഉപനിഷത്ത് ഭാഗവതം ഒരു വേദം ഭാഗവതത്തിൽ അനേക ഉപനിഷത്തുകളുണ്ട് ഇപ്പോ ഗജേന്ദ്രസ്തുതി ഒരു ഉപനിഷത്ത് ഗജേന്ദ്ര സ്തുതിക്ക് മുമ്പ് മനുവിന്റെ ഒരു ഉപനിഷത്ത് ഈ എട്ടാമത്തെ സ്കന്ധം മുഴുവൻ ഉപനിഷത്തുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്തുതികളൊക്കെ തന്നെ ഉപനിഷത്താണ് അങ്ങനെ ഒരു ഉപനിഷത്തുകൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു എന്നാണ് അവിക്രിയം സത്യമനന്തമാദ്യം ഭാഗവതത്തിലെ സ്തുതിയാണ് ഈ സ്തുതി കേട്ടാത്താനേ മതി അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവിക്രിയം സത്യമനന്തമാദ്യം ഗുഹാശയം നിഷ്കളമപ്രതർക്കം മനോഗ്രയാണം വജസം നമഹേ ദവരം വരെണ്യ്യം പാദ മഹീയം സ്വൃതൈവർവിധോ എത്ര ഭൂതസർഗൈ മൂരുഷ ആത്മതന്ത്രസീദാ ബ്രഹ്മ മഹവിഭൂതി അംബസ്തുയേദബുദീര്യ സിദ്ധ്യന്തിന്യത വർധമാന ലോകോഥി ലോകപാള പ്രസീദാ ബ്രഹ്മ മഹാവിഭൂതി സോമം മനോയസി വോകസം വൈ ബലമന്ധ ആയു ഈശോ നഗന പ്രജനം ൂതി അഗ്നിർമുഖ്യാത വേദാ കിയാകന്മ അന്തസമുദ്രേ അനുപചൻ സ്വധാതൂന് പ്രസീതാ സഹ വിഭൂതിച്ചക്ഷുരാസീത്തരനിർദാന ത്രയീമയോ ബ്രഹ്മണ യ്യം ദ്രം സമുക്േ അമൃതം ചൃത്യു പ്രസീദം നാവിഭൂതി പ്രാണൂയസരാജരാണ പ്രാണസഹോ ബലമോജവായു അന്വാസ്മ സമ്രാജമുഗാവയം പ്രസീദം സമഹ വിഭൂതി ോത്രിശോ എഖാ പ്രജ്ഞിേഖന് പുരുഷ സാഭ്യാണേന്ദ്രിത്മാസു ശരീരകേതീദ സമഹവിഭൂതി ബലാൻ മഹേന്ദ്ര ത്രദ പ്രസന് മോർഗിരീശോ ധിഷ് വിരുഞ്ഞ്ജ േ്യശ്ചന്ദ്ംസിഷയോ മേ ഡ്രതകീദസ് മഹവിഭൂതി ശ്രീവർവക്ഷസ പരഛാസൻ ധർമ്മസ്ഥനദിത പൃഷ്ടോഭൂത് ദ്യൌര്യ ശീർഷണോപരസോ വിഹാരാ പ്രസീദാസ് മഹവിഭൂതി गुह्यं വിപ്രോ മുഖം ബ്രഹ്മജയസ്യജന്യ ആസീത് ഭുജയോർബലം ച ഊർോർവിഡോജോഘ്രിരവേദ ശൂദ്രൗ പ്രസീതം ന സഹാവിഭൂതി ലോഭോധരാതിരുപര്യൂദ്യുതിശവോര്യമ പക്ഷസ്തു കാ പ്രസീദിഭൂതി യകുൻ വിശേഷം യോഗമായാവിതൻ വദന്ദീയ ദുർവിഭാവ്യം പ്രബുദപാധം പ്രസീദാ സമഹാവിഭൂതി നമോസ്തു തസ്മാന്തവാരാജ്യലാഭ പ്രതിപൂരിതാത്മനി ഗുണേഷു മാജിതു വൃത്തി സജ്ജമാനസ്വദൂത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഈ സ്തുതി ദൈവീഭി വാഗ്ഭി ദൈവികമായ വാക്കുകൊണ്ട് അലൗകിക ശബ്ദങ്ങളെ കൊണ്ട് നിറച്ച സ്തുതി ആ ശബ്ദാർത്ഥം ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും ധ്യാനത്തില് മനസ്സിനെ ലയിപ്പിക്കുന്ന സ്തുതി അങ്ങനെയുള്ള സ്തുതി കൊണ്ട് ദേവതകൾ എല്ലാരും ബ്രഹ്മാതിദേവതകൾ എല്ലാരും ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രകാശിച്ചു വീണ്ടും ബ്രഹ്മാവ് ഭഗവാനെ ഔപനിഷതമായ മറ്റൊരു സ്തുതി കൊണ്ട് സ്തുതിച്ചു അടുത്ത അധ്യായത്തിലും അതേപോലെ ഒരു സ്തുതി അജാത ജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണ സുഹർണവായ അണോരണിംനെ അപരിഗണ്യതാമനെ മഹാനുഭാവായ നമോ നമസ്തേ എന്ന് പറഞ്ഞു ബ്രഹ്മാവ് വീണ്ടും ഭഗവാനെ സ്തുതിച്ചു കവി എന്ന് വെച്ചാൽ ബ്രഹ്മാവാണ് ആദികവി ബ്രഹ്മാവാണ് ലൗകികത്തിൽ ആദികവി വാൽമീകി എന്ന് പറഞ്ഞാലും വാസ്തവത്തിലെ കവി ബ്രഹ്മാവാണ് അതാണ് ഹൃദയ ആദികവയെ എന്ന് പറഞ്ഞ് ഭാഗവതം ആരംഭിക്കുമ്പോഴേ പറഞ്ഞു ആ ബ്രഹ്മാവിന്റെ കാവ്യരചനയാണ് പ്രപഞ്ചമേ ആ ബ്രഹ്മാവിന്റെ കാവ്യം എല്ലാം ഗംഭീരമായിരിക്കും അങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു ബ്രഹ്മാവിന്റെ മുമ്പില് ഭഗവാൻ ആവിർഭവിച്ചു ആവിർഭവിച്ച് ഭഗവാൻ പറഞ്ഞു നിങ്ങൾ തത്കാലം നിങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ട് തീരണമെങ്കിൽ അമൃതപാനം ചെയ്യണം അമൃതം കുടിച്ചാലേ വീര്യം തിരിച്ചു കിട്ടുള്ളൂ ശക്തി കിട്ടുള്ളൂ അതിന് പാലാഴിയെ കടയണം സമുദ്രമഥനം ചെയ്യണം മന്ധരപർവത്തിനെ പർവ്വതത്തിനെ കടക്കോലാക്കി വാസുകിയെ കയറാക്കി നിങ്ങൾ കടയണം ദേവന്മാരുടെ മുഖം വാടി എന്താന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടില് തൈര് കടയിലെ നിർത്തിയിരിക്കുന്നു അതിനുപോലും ശക്തിയില്ല എന്നിട്ട് വേണ്ടേ സമുദ്രം കടയില് അതിനൊന്നും കെൽപ്പില്ല കയ്യില് അപ്പൊ ഭഗവാൻ പറഞ്ഞു അസുരന്മാരെയും കൂടെ കൂട്ടു വിളിക്കുക കടയാനായിട്ട് അവര് വരുവോ ഭഗവാനെ നിശ്ചയമായിട്ടും വരും എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അമൃതം കിട്ടുന്നത് അവർക്ക് ഇഷ്ടമല്ല അപ്പൊ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ വരും അപ്പൊ അതുകൊണ്ട് അസുരന്മാരെയും കൂടെ അമൃതമഥനത്തിന് കൂട്ടുവിളിക്കാൻ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ തന്നെ എല്ലാ ഏർപ്പാട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു മഹാബലിയുടെ നേതൃത്വത്തിലുള്ള അസുരന്മാരെ വിളിക്കാനായി ഇന്ദ്രൻ പോയി വിളിച്ചു അമൃതമഥനത്തിന് ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ വരണം എന്ന് പറഞ്ഞു അസുരന്മാര് പറഞ്ഞു പിന്നല്ലാതെ നമ്മളൊക്കെ കശ്യപ പ്രജാപതിയുടെ മക്കള് ഏട്ടന്മാര് അനിയന്മാര് ബന്ധുക്കള് നിങ്ങൾക്കൊരു കഷ്ടം വരുമ്പോ ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത് നിശ്ചയമായിട്ട് സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞു എന്തൊരു സ്നേഹം വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ തന്നെ ഗരുഡന്റെ ഉപ മേലെ പർവ്വതത്തിനെ കൊണ്ട് സമുദ്രത്തിൽ സ്ഥാപിച്ചു വാസുകയെ കൊണ്ടുവന്നു എല്ലാം ഏർപ്പാടാക്കി കൊടുത്തു കടയാനുള്ളപ്പോ ഒരു പ്രശ്നം പാമ്പിന്റെ തലയാരു പിടിക്കും തലഭാഗം പിടിച്ചാൽ വിഷം കക്കുമല്ലോ പാമ്പ് അപ്പൊ ദേവന്മാര് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോ ഭഗവാൻ പറഞ്ഞു നേരെ ചൊവ്വയെ പറഞ്ഞാൽ ശരിയാവില്ലേ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഞാൻ തലഭാഗം പിടിക്കാൻ നിങ്ങളും പിടിച്ചോളൂ എന്നിട്ട് പാമ്പിന്റെ തലഭാഗം പിടിച്ചിട്ട് അസുരന്മാരെ വിളിച്ചിട്ടുഡോ മഹാബലി നമുജി ശമ്പര ആ വാല് ഭാഗം പിടിച്ചോളൂ വാസുരന്മാര് പറഞ്ഞാൽ ശരി ഞങ്ങളെ വിളിച്ച് അപമാനിക്കുക അല്ലെ വേറെ ആളുകളും നോക്കണം വയം കശ്യപദായാദാ സ്വാധ്യായ ശ്രുതസമ്പന്ന പ്രഖ്യാത ജന്മകർമ്മഭിഹി തെരുവിലൊക്കെ ഇറങ്ങി നാലു പേരുടെ അടുത്ത് ഞങ്ങളെക്കുറിച്ച് ചോദിച്ചു നോക്ക എത്ര പഠിച്ചവര് എത്ര വലിയ കുലത്തിൽ ജനിച്ചവര് എത്ര കാര്യങ്ങൾ അറിഞ്ഞവര് കശ്യപ പ്രജാപതിയുടെ മക്കള് അങ്ങനെയുള്ളവര് അഹേ ഹേ പുച്ഛമംഗളം ായിട്ടുള്ള അവങ്കളമായിട്ടുള്ള പാമ്പിന്റെ വാല് പിടിക്കണമെന്നോ മഹാമോശം പാമ്പിന്റെ തലഭാഗം പിടിക്കാൻ തരികയാണെങ്കിൽ ഞങ്ങൾ വരാം വാല് ഭാഗം പിടിക്കാൻ ഞങ്ങൾ ഇല്ല എന്നോ ദേവന്മാർക്ക് സന്തോഷമായി ഇവർക്ക് ഏത് സെന്ററാണോ ശരിക്ക് വർക്ക് ചെയ്യാത്തത് ആ സെന്റർ പിടിക്കാനുള്ള ഉത്സാഹമുണ്ട് അപ്പൊ ശരി തലഭാഗം പിടിച്ചോളൂ നിങ്ങളാണ് യോഗ്യന്മാരെ കൊടുത്തു അങ്ങനെ തലഭാഗം അവര് പിടിച്ചു ീഹി സ്തുമഹിമാിരം തീുഷ്യൻ വരദ പുരേ പരേണം ഹേ ദേവാദിജകുലൈർവിധായ സി പീയൂഷൻ പരിമത്തെത്തി പര്യസ്ത്രം സന്ധാനം കൃതവതി ദാനവസുരൗഗേ മന്ധാനം നയതി മദേന മന്താരദ്രി ഭ്രേസ് ബദരമഹൻ ഖകേന്ദ്രേ സദ്യസ്വം വിനിവാൻ പയപയോധ അങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോ വിലോക്യ വിഘ്നേശവിധി ഈ കൂ ഈ മല ചുവട്ടിലേക്ക് താണു താണു താണു പോണു വിഘ്നം തടസ്സം തടസ്സം വന്നു വിഘ്നേശവിധി എന്ന് ചിലരൊക്കെ വ്യാഖ്യാനം അങ്ങോട്ട് തുടങ്ങി നല്ല രസമായ ഒരു വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ മല താണു താണു താണു പോകണം ആരോ പിടിച്ചു വലിക്കണ പോലെ ആരാ അപ്പ അങ്ങനെ വലിക്കണതെന്ന് നോക്കിയപ്പോ നമ്മുടെ ഗണപതി ചോട്ടിൽ നിന്നിട്ട് പിടിച്ച് വലിക്കണു അത്രേ മലയെ മേപ്പെട്ടോ അനുവദിക്കാതെ പിടിച്ച് വലിക്കാത്രേ വിലോക്യ വിഘനേഷവിധി ഭഗവാൻ ആലോ പോയിട്ട് പറഞ്ഞു ഗണപതി നല്ല ഒരു ഞങ്ങൾ തുടങ്ങിട്ട് സമുദ്രം കിടയാൻ നിൽക്കുമ്പോ ഏടാ കൂടും ചെയ്യണത് പിന്നല്ലാതെ നല്ല കാര്യമായി അമ്മാവ് എങ്ങനെ ചെയ്യാൻ പാടുമോ സാക്ഷാത് ശ്രീ പരമേശ്വരൻ എന്റെ അച്ഛൻ തന്നെ എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോ എനിക്ക് കുഴക്കട്ട ഉണ്ടാക്കി തരാതെ ചെയ്യില്ല അങ്ങനെയുള്ളപ്പോ നിങ്ങൾ എന്റെ അമ്മാവനെയൊക്കെ സമൃദ്ധമാതിരം തുടങ്ങണ സമയത്ത് എനിക്ക് കുഴക്കട്ട തരാതെ കടഞ്ഞാലോ ഭഗവാൻ പറഞ്ഞോത്ത ഞങ്ങൾ ഇപ്പോഴാണ് മാവ് അരയ്ക്കാനേ തുടങ്ങിയിരിക്കണത് അതിനു മുമ്പ് കുഴക്കട്ട ചോദിച്ചാൽ ഞങ്ങൾ എവിടെ പോകുമ്പോൾ ഇപ്പോഴാണ് അരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ വിലോക്യ വിഘ്നേശ വിതേശ്വരും വിഘ്നേശവിധി ഗണപതിയാണ് മഹാവിഷ്ണുവിനെ പാട്ടിലാക്കാൻ പറ്റിയ ഒരേ ഒരാളും പരുമകനാണല്ലോ അപ്പോ മഹാവിഷ്ണു ഗണപതിയെ കളിപ്പിക്കാൻ ഒരുക്കി പോയി എത്രയും കളിപ്പിക്കാൻ പോയപ്പോ കുട്ടിക്ക് പമ്പരം തിരിച്ച് കാണിക്കാൻ വേണ്ടി സുദർശന ചക്രങ്ങനുറന്നു വിട്ടു മുമ്പിൽ അപ്പൊ ഗണപതി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനെടുത്ത് വായിലിട്ടു അപ്പൊ ചക്രം പോയി ചക്രം കാണാനില്ല വിഷ്ണുവിന് ഇപ്പോ മഹാവിഷമമായി എന്തൊക്കെ ചെയ്താലും വായ തുറക്കണില്ല എന്ത് ചെയ്തിട്ടും വായ തുറക്കണില്ല ചോദിച്ചു പ്രാർത്ഥിച്ചു ഒരു നിർത്തിയില്ല അവസാനം മഹാവിഷ്ണു ദോർഭി കർണം രണ്ട് ചെവി ദോഹോന്ന് വെച്ചാ കൈ കർണം ചെവി ചെവിയില് രണ്ടിലും ഇങ്ങനെ കൈ വെച്ചിട്ട് ഗണപതിയുടെ മുമ്പില് അക്രോബാറ്റിക്സ് കാണിച്ചു ഇങ്ങനെ കോമാളിത്തരം കാണിച്ചപ്പോ ഉരുണ്ടുരുണ്ട് ചിരിച്ചു അത്ര ചിരിഞ്ഞപ്പോ വാ ചിരിച്ചപ്പോ വായിനി സുദർശന ചക്രം പുറത്തു പോകണു വേഗം പടക്കുന്ന എടുത്തുവെച്ചു അതുകൊണ്ടാണ് അത്ര ഗണപതിയുടെ മുമ്പിൽ പോയിട്ട് ദോർഭിക്കർണം ചെവിയില് കൈവെച്ചിട്ട് നമ്മള് മലയാളത്തിൽ എന്തറിയോ അതിന് ഏത്തമിട ഏത്തമുട ഏത്തമിട എന്നുള്ളതിന് സംസ്കൃതം ദോർഭിക്കർണം തമിഴ് തോപ്പിക്കരണം തോപ്പിക്കരണം എന്ന് പറയുന്നത് ഇതിന്ന് വന്നതാണ് തോപ്പിക്കരണമല്ല ദോർഭിക്കർണം രണ്ട് ചെവിയിലും ദോഹോ കൈകൾ വെച്ചുകൊണ്ട് ചെയ്യാം അപ്പോ അങ്ങനെ സമുദ്രത്തിലേക്ക് താണുതാണു പോകുന്നു ഈ പർവ്വതം അപ്പൊ ഭഗവാൻ കൃത്വ വപുഹു മഹത് അദ്ഭുതമായ ആമയുടെ രൂപം ധരിച്ചു എന്നിട്ട് ചുവട്ടിൽ ചെന്ന് ആ പർവ്വതത്തിനെ ഉയർത്തിപ്പിടിച്ചു ചുവട്ടില് ആധാരമായിട്ട് നിന്നു പർവ്വതത്തിലെ സ്ഥാണുവായിട്ട് നിന്നു അസുരന്മാരിൽ അസുരീഭാവത്തോടെ നിന്നു ദേവന്മാരിൽ ദൈവീഭാവത്തോടെ നിന്നു കൂടെ നിന്ന് കടഞ്ഞു മേലെ നിന്ന് അനുഗ്രഹിച്ചു സർപ്പത്തിൽ തപോ ഉറക്കമായി നിന്നു ഇങ്ങനെ എല്ലാമെല്ലാമായി എല്ലാവരുടെ ഉള്ളിലും പ്രവേശിച്ച് അമൃതമഥനത്തിനെ പൂർണമായി ഭഗവാൻ നിർവഹിച്ചു അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആദ്യം തന്നെ അതിൽ നിന്നും അമൃതം കിട്ടിയില്ല ആദ്യം വന്നത് ഭയങ്കരമായ വഷം തദുഗ്രവേഗം ദിശി ദിശ്യുപദ്യ വിസർപ്പതുത്സർപ്പദസഹ്യമപ്രതീ ഭീതാ അരക്ഷ്യമാണിവ കുബ്ദാദ്രൗ കുദോദരെ തീം ദുഗ്ധാദ ഗുരുതര ഭാരമ് ദു വ്യതതമേഷു തത്പ്രിയ പ്രാണൈഷി കമഠതം കട്ടോരപൃഷ്ട്രാതിരതരകർപ്പേണ വിഷു വിസ്തരാത് പരിഗതലക്ഷ്യോജന അംബോധകുഹരഗത വർഷണ ക്ഷിധരനഥിതി തദാധരാധരേന്ദ്രി നിർമ്മേതുദൃമഹ സമ്മതേനേ ആവിഷ്യദ്ദയഗണേ സർപ്പരാജേ വൈവ്യം പരിശമയൻ അവീവൃത ദൈത്യോ ഭുജകുഖാരിലേന തരളം തരളാനലം പുരസ്തലേർ ഉദ്വിജഗാളകളൂടം അമരസ്തുതിവാദമോദനി ഗിരിശന്വത് പ്രിയാർത്ത പുരസ് ഉദദേഹ തരളാനലം കാളകൂടം ഉദ്വിജഗാള ഗിരിശാ എല്ലാ ദേവന്മാരും കൂടെ നേരെ പരമശിവന്റെ അടുത്തേക്ക് ശരണം സദാശിവം ശിവന്റെ അടുത്തേക്ക് ഓടി ഭയങ്കരമായ വിഷം വന്നിരിക്കുന്നു ഭഗവാനെ സ്തുതിച്ചു ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവനാ ശരണ്യം ത്രാഹിനാപന്നാന ത്രൈലോക്യദഹനാദ് വിഷാത് എന്ന് സ്തുതിച്ചു ഭഗവാൻ പാർവതീദേവിയെ നോക്കി ദേവിയും പ്രഭാവജ്ഞ അന്വമോദത അദ്ദേഹത്തിന്റെ മഹാപ്രഭാവം അറിയുന്നതുകൊണ്ട് ദേവി സമ്മതിച്ചു അങ്ങനെ വിഷം കൈയിലെടുത്തു കൈയിലെടുത്ത് ഇങ്ങനെ വിഷം വെച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ നിൽക്കുമ്പോ ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ ആ ചിത്രം ഇങ്ങനെ വരച്ചിട്ട് ചോദിക്കുകയാണ് എന്താ ഭഗവാനെ ഈ കയ്യിൽ പിടിച്ചിരിക്കണത് വിഷമങ്ങനെ ഇരിക്കണു ഈ കാളഗൂഢ വേഷം അങ്ങനെ ഉരുണ്ടിട്ട് കയ്യിലിങ്ങനെ കുമ്പിളിൽ നിൽക്കണു അപ്പൊ ആചാര്യസ്വാമികൾ ശ്രീ പരമേശ്വരനോട് ചോദിക്കുകയാണ് കിംപക്വ ജൂഫലം നല്ല ജമ്പൂഫലം കയ്യിൽ വെച്ചിരിക്കുകയാണോ അപ്പൊ അതങ്ങനെ എടുത്തിട്ടിങ്ങനെ വായിലിട്ടു ഇട്ടപ്പോ കിം സിദ്ധുടികാവ ജിഹ്വായാം നികിതശ്ചയ്ക്കും സിദ്ധ ഗുടിക്കാവ വായിലങ്ങനെ ഇട്ടപ്പോ എന്താ അത് സിദ്ധ ഗുടികയാണോ സിദ്ധനാണല്ലോ ആണ് അപ്പൊ സിദ്ധന്മാർ ചില ഗുളികയൊക്കെ കഴിക്കും അങ്ങനെ വലതു അതങ്ങനെ കണ്ഠത്തിൽ പോയി നിന്നു കണ്ഠദേശേ ഭൃതാ കിം തേ നീലമണിർ വിഭൂഷണമയം ശംഭോ മഹാത്മൻ വ നീലമണിയായിട്ട് കണ്ഠത്തിൽ നീലരത്നമായിട്ട് നിന്നു നല്ല അലങ്കാരം നല്ല രത്നം അദ്ദേഹത്തിനോ ഇങ്ങനെയൊന്നും ധരിക്കണ പതിവേ ഇല്ല ഇപ്പോ സഹജമായിട്ടൊന്നു വന്നു നീലമണിർവിഭൂഷണമയം ക്ഷംബോ മഹാത്മൻ വത ക്ഷേളം വാലം വാ പരമോപകാരകിതം തുകം പശൂനാം പതേ പശ്യൻ കുക്ഷിഗതാൻ ചരാചരഗണാൻ ബാഹ്യസ്ഥിതാൻ രക്ഷിതും സർവാമർത്യ പലായനൌഷധമതിജ്വാലാകരം ഭീകരം നിക്ഷിപ്തം ഗരളം ഗളേന ഗളിതം ന ഉദ്ഗീർണമേവ ത്വയാ അകത്തേക്കും എടുത്തില്ല പുറത്തേക്കും വിട്ടില്ല കണ്ഠത്തിലും നിർത്തി വലിയ ഉപകാരം ലോകത്തിന് വലിയ ഉപകാരം അകത്തുള്ള ലോകവും പുറത്തുള്ള ലോകവും രക്ഷിക്കാനായി കണ്ഠത്തോടെ വിഷത്തിനെ നിർത്തി അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വന്നു ഐരാവതം വന്നു ഉച്ചൈശ്രവസ് വന്നു കൌസ്തുഭം വന്നു ഇങ്ങനെ പലതും അതിനകത്തുനിന്ന് പൊന്തി വന്നു അതിനുമൊക്കെ ഓരോരുത്തരെങ്ങനെ എടുത്തുകൊണ്ടുപോയി വിമതരാത സുരഭിസ്താം ഋഷിഷു ത്രിധാമന് ഹയരത്നം അഭൂത് അധേഭരത്നം ദ്യുതരുസരുരേഷുതാനി പിന്നെ വന്നത് പലതും അസുരന്മാരും ദേവന്മാരും ഓരോന്നോരോന്നായി പൊക്കിക്കൊണ്ടുപോയി വെറുതെ കിട്ടണത് ആരും കൊണ്ടുപോകും വിഷം വന്നപ്പോ ഒറ്റയാളെ കണ്ടില്ല വെറുതെ കിട്ടണത് ഓരോന്നോരോന്നായി വണ്ട വന്നപ്പോ എവിടെ പോയി എന്നേ അറിഞ്ഞില്ല അമ്പലത്തിലെ സ്വത്ത് ആർക്കും സ്വന്തം എന്ത് കിട്ടിയാന്ന് വെച്ചാൽ കൊണ്ടുപോവാം അപ്പോ ഇങ്ങനെ ഓരോന്നോരോന്നായി ജഗദീശവത്പരാതാനീ കമനീയാ കമലാം ബൂവദേവി അമലാം അവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബൂൂവലോകാം മഹാലക്ഷ്മി ഉദ്ഭവിച്ചു മഹാലക്ഷ്മി ഉദ്ഭവിച്ചതോടുകൂടെ ഭവതീയാ ഭഗവാനെ കരുതിക്കൊണ്ടിരിക്കുന്ന ദേവി ദേവന്മാരെ ഒക്കെ നോക്കി ദേവന്മാർ പലരും ദേവിക്ക് കൈകര്യം സേവ ചെയ്തു പൂജ ചെയ്തു ദേവി അവരെ ആരെയും സ്വീകരിച്ചില്ല എല്ലാവരിലും ഓരോ കുറവുകൾ കാണുന്നു അങ്ങനെ ഓരോരുത്തരെയായി മാറ്റി നിർത്തി ശ്രീയ്പതിയായിട്ടുള്ള ഭഗവാന്റെ ഖണ്ഠത്തില് മാല അണിയിച്ചു അങ്ങനെ ലക്ഷ്മി സ്വയംവരം അങ്ങനെ ലക്ഷ്മി സ്വയംവരം നടന്നു ഇങ്ങനെ പല ആവിർഭാവങ്ങളും ഉണ്ടായി അവസാനമാണ് അമൃത്ത് അമൃതാപൂർണ വഹിച്ചുകൊണ്ട് അവിടുന്ന് ഉദ്ഭവിച്ചു തരുണാബുധസുന്ദരസ്തദാത്വം നനുധന്വന്തരി അമൃതം കലശേ വഹൻ കരഭ്യം അഖിലാർത്തിവിടെയല്ലാതെ വേറെ ഇവിടെ പ്രാർത്ഥിക്കും ധന്വന്തിരി മൂർത്തി അവസാനത്തെ ശ്ലോകത്തിൽ കൊണ്ടുവച്ചു വ്യാധി മാറണമല്ലോ അവസാനത്തെ ശ്ലോകത്തിൽ കൊണ്ടുവന്ന് വെച്ചു ഇടയിൽ പോയിട്ട് ഇനി വ്യാധി മാറണമെന്ന് പ്രാർത്ഥിക്കണ്ട അപ്പൊ അവസാനത്തെ ശ്ലോകത്തിൽ ധന്വന്തരി മൂർത്തി അമൃതാപൂർണ്ണ കലശവും കൊണ്ടുവന്ന് അമൃതം കലശേ വഹൻ അഖിലാർത്തി ഒരു വ്യാധി എന്ന് വെക്കണ്ട അഖിലാർഥിം ഹരമാരുതാലയേഷ സകല വ്യാധികളും തീർത്തു തരൂ ഭഗവാൻ സകല ആർത്തിയും തീർത്തു തരൂ ഭഗവാനെ ആ ധന്വന്തിരി മൂർത്തി അമൃതവും കൊണ്ടുവന്നപ്പോ അസുരന്മാരും ഒക്കെ കൂടെ ചെന്ന് വളഞ്ഞു അമ്പലത്തിന്ന് പ്രസാദം വരുമ്പോഴേ ചിലപ്പോ പയറോ നെയ്യപ്പമോ കൊഴുകട്ടയോ ഒക്കെ കൊണ്ടുവരുമ്പോ ആളുകൾ തിരക്കുകൂട്ടി പൊതിയും നമ്മൾ നല്ല മനുഷ്യരായിട്ട് എല്ലാരും വാങ്ങട്ടെ അവസാനം വാങ്ങാന്ന് പറഞ്ഞ് പരമസാധുക്കളായിട്ടും ഒരിടത്തിരിക്കും ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞ് ക്യൂ ഒക്കെ അവസാനിച്ച് കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോ പാത്രവും കാണില്ല കൊണ്ടുവന്ന ആളെയും കാണില്ല ഒന്നും കാണില്ല ഒക്കെ പോകും അതുപോലെ ഇപ്പൊ ദേവന്മാര് തൽക്കാലം തിരക്കില് അവര് പാപം വേണ്ടാന്ന് വെച്ചതല്ല ശക്തിയില്ല തിരക്കിന്റെ ഇടയിൽ പോയാൽ അല്ലെങ്കിൽ ഓരോരുത്തർ ഇടിക്കണ ഇടി കൊണ്ടാൽ ഇരിക്കണേ എല്ലും മുഴുവൻ മുറങ്ങും അങ്ങനെയുള്ളപ്പോ ഈ ദേവന്മാർക്കിപ്പോ ശക്തിയില്ല അസുരന്മാർ ഓരോന്നും ഗുണ്ടു ഗുണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ നടുവിൽ പോയി കൊടുങ്ങണ്ടെന്ന് പറഞ്ഞാൽ അവര് അമൃതം വാങ്ങിയിട്ട് ഞങ്ങള് കൈ നീട്ടിക്കൊള്ളാന്ന് പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ അമൃതമേ കാണാനില്ല ധന്വന്തിരിമൂർത്തിയും പറഞ്ഞു അമൃതകുംഭത്തിനെ എടുത്തുകൊണ്ട് ഇവർ ഓടി ഓടി ഏതോ കുളത്തിന്റെ കരയിൽ പോയിരുന്നു എവിടെയോ പോയിരുന്നു അവിടെ അടിപിടി ബഹളമാണ് എനിക്ക് വേണം നിനക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എന്നാ അതാണ് അസുരബുദ്ധി എന്ന് പറയണത് പറിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്നിട്ട് എല്ലാരും കൂടെ ഒന്ന് പങ്കിട്ട് ആസ്വദിച്ചാ വേണ്ടില്ല കലപിലാന്ന് ബഹളം കിട്ടിയാലും കൊടുത്താലും ഞങ്ങൾക്ക് വേണം വേണം വേണം കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതും കൊണ്ടുപോയി അങ്ങടെ ഇങ്ങടും തല്ലാണ് അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങടും തല്ലു അടിയും കൂടി ഇപ്പൊ ദേവന്മാരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ദേവന്മാരെ ആശ്വസിപ്പിക്കാനായിട്ട് ദിവ്യമോഹിനീ അവതാരം എടുത്തുകൊണ്ട് വന്നു ഉദ്ഗച്ച തവ കരാത് അമൃതം ഹരത്സു ദൈത്യേഷുതാൻ പ്രഭാവാ ഇവിടെ ഭഗവാൻ ഒരു ഒരു പകരം വീട്ടലുപോലെയാണ് ഭഗവാനെ ഭഗവാന്റെ കൈയിൽ നിന്ന് ഇത് തട്ടിപ്പറിച്ചു അതാണ് തവ കരാത് അമൃതം ഹരത്സു ഭഗവാന്റെ കൈയിൽ അമൃതം ഹരിച്ചു കൊണ്ടുപോയി അതാണ് ഉദ്യത്സ്വയൂത്യകലഹാഹ ബഹുബുഹു ബഹൂബുഹു അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം തുടങ്ങി സ്വന്തം കൂട്ടരുമായിട്ട് തന്നെ കലഹത്തിന് ഒരുക്കി അപ്പൊ ഭഗവാൻ അവരുടെ നടുക്കെ അങ്ങനെ ദിവ്യരൂപം ധരിച്ചുകൊണ്ട് മുമ്പിൽ ചെന്നു ശ്യാമാം രുയസാ പിതും പ്രാപ്തോസിംഗുജമണ്ഡല ഭംഗുരാം ത്ീയൂഷ കുംഭകലഹം പരിമുച്ച കൃഷ്ണാകുലാഹപ്രതിയു ത്ഭേം ഇവിടെ ഭഗവാന്റെ മുമ്പിലേക്ക് ഇവരൊക്കെ വരികയാണ് അമൃതകുംഭത്തിനു വേണ്ടി കലശം കൂട്ടുന്നവരുടെ മുമ്പിലേക്ക് ഭഗവാൻ തന്നെ ഒരു അമൃതകുംഭം പോലെ അമൃതമൂറി നിൽക്കുന്ന മൂർത്തിയായിട്ട് ദിവ്യമോഹിനി രൂപം ധരിച്ചുകൊണ്ട് വന്നു വന്നപ്പോ ഇവര് അമൃതപാത്രമൊക്കെ അവിടെ ഇട്ടും ഇട്ടും എന്നിട്ട് പുറകെ ഇങ്ങനെ നടക്കുക നോക്കിയിട്ട് അപ്പൊ ഭഗവാൻ നിങ്ങളെ ആരാണ് ഭയം കശ്യപദാദാ ദായാദാഹ കശ്യപ പ്രജാപതിയുടെ മക്കളെ ഉയർന്ന കുലം ധാരാളം പഠിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ എന്ന് ഉറപ്പുപോര അടുത്തുള്ളവരോട് ചോദിച്ചു അല്ലേ അതെ ഭയം കശ്യപതായാദാഹ അപ്പൊ ഭഗവാനോ വിട്ടില്ല നിങ്ങള് കശ്യപ പ്രജാപതിയുടെ മക്കള് ഞാനൊരു പൂംശലി എന്റെ പുറകിൽ നടക്കെ അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഇതുപോലെ ഒരു സൗന്ദര്യം ഞങ്ങള് ലോകത്തിൽ എവിടെയും കണ്ടിട്ടില്ല കാത്വം ഒരു കാക്ഷി ആരാണ് ുദ്ധിമോം ഒന്നുപോയി അത് പറഞ്ഞത് മാത്രമല്ല അമൃതകുംഭം നീട്ടി ഇങ്ങനെ വിഭജസ്വസുധാമിമാ ഞങ്ങൾക്ക് ഒന്ന് വിളമ്പിത്തരുമോ അമൃതം ഇത്യാടരാഗ വിവശാനഭിയാചതോ മൂന് വിശ്വസ്യ ദേവൈ കഥം കുലട്ടാസ്മിതൈത്യാ ഞാനൊരു കുലട എന്നെ നിങ്ങൾ വിശ്വസിക്കാമോ ാലും വിശ്വസിക്കാം അതാണ് യാവീ സർവഭൂത ബുദ്ധി രുപേണ സംസ്ഥിത പുറമേക്കൊരുപം അവരുടെ ബുദ്ധിയിലും പ്രവേശിച്ചു മോദാത്സുദാ കലശമേഷു ദുസാത്വം ദുശ്ചേറ്റം മമ സഹധമിതി ബ്രുവാണ പതി പ്രഭേദ വിനിവേശിതേവൈത്യാ ലീലാവിലാസഗതി ബിസ് സമതാ സുധത്താം സുധന്തം എന്റെ ദുശ്ചേഷ്ഠന്ന് കുറച്ചൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അമൃതം വാങ്ങിച്ച് ദേവന്മാർക്കും കൊടുക്കാം ഇവ എന്ത് പറഞ്ഞാലും സമ്മതം അവർക്ക് ഒരു വശത്ത് ദേവന്മാരെ വരി വരിയായിട്ട് ഭോജനമല്ല ഒരു പന്തി ദേവന്മാർക്കും ഒരു പന്തി അവസരന്മാർക്കും എന്നാൽ രണ്ടുപേർക്കും ഒരേപോലെയാണോ വിളമ്പണത് അങ്ങനെയല്ല വിളമ്പുമ്പോൾ സുന്ദരമായി ഇവരെ നോക്കി ഒന്ന് ചിരിച്ചു കയ്യിൽ അമൃത ഒരു കൈയിൽ ഒരു എന്നിട്ട് മന്ദം മന്ദം ഇവരുടെ നടുവ് നടന്നു കാലിലിരിക്കുന്ന പാദസരങ്ങളൊക്കെ ചിലം ചിലം ചില ശബ്ദിക്കുമ്പോൾ ഇവർക്ക് അതുവേ സന്തോഷം രണ്ടു വശത്തും ഇല വെച്ചിട്ട് അസുരന്മാരിൽ ആദ്യത്തെ പന്തിയിലിരിക്കുന്ന ആളെ നോക്കി ഒന്ന് ചിരിക്കും ചിരിക്കുമ്പോഴേ അവന് അമൃതം കുടിച്ച പോലെ ഉണ്ട് എന്നിട്ട് ഈ പന്തിയിൽ ആദ്യത്തിലിരിക്കുന്ന ആൾക്ക് തവിയിലിങ്ങനെ അമൃതം ഇട്ട് ദേവന്റെ ഇലയിലേക്ക് ഒന്ന് വിളമ്പും വിളമ്പിയിട്ട് ആ ബാക്കിയിരിക്കുന്ന തവിയിൽ ഒന്നുമില്ല അതെടുത്ത് അസുരന്റെ ഇലയിലേക്ക് ഇങ്ങനെ കാണിച്ചാൽ അവൻ എടുത്തൊരു നക്കും അവൻ എന്തോ കിട്ടിയ പോലെ എന്നിട്ട് അടുത്തത് തവി എടുത്ത് അമൃതമെടുത്ത് ദേവന്റെ ഇലയിലേക്ക് വിളമ്പിയിട്ട് അസുരന്റെ ഇലയിലേക്ക് ഇങ്ങനെ കാണിച്ചാൽ അവൻ ഏമ്പക്കം പെടണം അവന് കഴിച്ച പോലെ തോന്നും എല്ലാത്തിന്റെ ഇടയിലും ഉണ്ടാവും അരകുറകൾ ഇവരൊക്കെ പാപം ശുദ്ധം അതിന്റെ നടുവിലൊന്നുണ്ട് ഒരു സ്വർബാനു അയാൾക്ക് വിശ്വാസം പോരാ അയാൾക്ക് ദിവ്യമോഹിനിയെ കണ്ട് മയങ്ങാത്ത ഒരേ ഒരാൾ അയാളാണ് അയാൾക്ക് വിശ്വാസം പോരാ അയാള് തീരുമാനിച്ചു പന്തി മാറിയിരുന്നു പന്തി മാറിയിരുന്നാല് ആളുകൾ കാണാത്തടത്തിരിക്കണം നടുവിൽ പോയി പന്തി മാറിയിരുന്നാല് ഏതെങ്കിലും ഒരു കോണിപ്പഴിയുടെ ചുവട്ടില് പോയിരിക്കണം ആളെ കണ്ടാ മനസ്സിലാകരുത് അങ്ങനെ എവിടെയെങ്കിലും ചുവട്ടിൽ പോയി ഇരിക്കണം ഇത് അതില്ലാതെ നാലുപേര് കാണുന്നിടത്ത് ഒരു വശത്ത് സൂര്യൻ ഒരു വശത്ത് ചന്ദ്രൻ നടുവിൽ പോയിരുന്നാലോ രണ്ടും വെളിച്ചം മണ്ടൂസ എന്ന് പറഞ്ഞതാ രണ്ടുപേരുടെയും നടുവിൽ പോയിട്ട് സ്വർബാനു പോയിരുന്നു സ്വർബാനു പോയിരുന്നപ്പോ ഭഗവാൻ ഇങ്ങനെ അമൃതം വളമ്പി വളമ്പി വളമ്പി വന്ന് സ്വർബാനുവിന്റെ വായിൽ അമൃതം എത്തിയപ്പോഴാണ് സൂര്യനും ദാ ദാ ദാ മറ്റേ ഇവിടെ വന്നിരിക്കും അത് പറഞ്ഞ ഉടനെ കയ്യിലിരിക്കുന്ന തവി തന്നെ സുദർശന ചക്രം ഒന്നു കൊടുത്തു തല മേപ്പട്ടു പോയി ജീവൻ വെച്ചു തല മേപ്പട്ട് പോയി തലമേപ്പെട്ടു പോകുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നോക്കി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ പോയി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു അതാണ് അത്രയും സൂര്യചന്ദ്രന്മാരെ ഗ്രസിക്കണത് ഇങ്ങനെ അമൃതം ദേവന്മാർക്ക് ഭഗവാൻ വിളമ്പിക്കൊടുത്തു ഇത് വളരെ താത്വികമായ ഒരു കഥ അമൃതമെന്ന് പറയണത് യോഗസാധനം യോഗസാധന ചെയ്യുമ്പോ ഏർപ്പെടുന്ന അനുഭവങ്ങളാണ് ഈ അമൃതമനത്തിൽ മുഴുവൻ നമ്മൾ കണ്ടത് പതിനൊന്നായി പത്തായി ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാം എന്നിട്ട് ഇതിന്റെ ഭാഗം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം അമൃതമനം യോഗസാധനയാണ് അമൃതമനത്തിനെയും ശിവാനന്ദ ലഹരിയിലെ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട് അമ്നയാംബുധി എന്നാണ് അവിടെ പറയുന്നത് ജ്ഞാനം വേദമാവുന്ന സമുദ്രത്തിനെ കഥ അമ്നുധി ആദരെണ സുമനസ്സാ സമുദ്യന് മനോമന്ധാനം ദൃഢഭക്തിരജ്ജുസഹിതം കൃത് മഥിത് തോമം കൽപ്പതരുമ്പുർവസുരഭിം ചിന്മണിം ധീമതം നിത്യാനന്ദസുധാം നിരന്തരമാസൗഭാഗ്യമാതന്വദേ വേദമാവുന്ന സമുദ്രം കടഞ്ഞു ഭക്തിയാവുന്ന കയറുകൊണ്ട് കടഞ്ഞു മനസ്സാവുന്ന മന്ധരപർവ്വതത്തിനെ ഉപയോഗിച്ച് കടഞ്ഞു എന്നിട്ടോ നിത്യാനന്ദമാവുന്ന അമൃതത്തിനെ എടുത്തു അപ്പോ യോഗസാധന ചെയ്യുമ്പോ ഇവിടെ ഈ പർവ്വതം എന്ന് പറയുന്നത് പർവ്വതം എന്ന് വെച്ചാൽ തന്നെ പാറ ഘനം പിടിച്ചത് കട്ടികൂടിയത് അതെന്താണ് ഈ വ്യക്തിത്വ ബോധം അഹങ്കാരം അഹങ്കാരം തന്നെയാണ് പർവ്വതം അതിനെ വെച്ച് ഇങ്ങനെ കടയുമ്പോൾ യോഗസാധനയാണത് അതായത് അഹങ്കാരത്തിനെയും അഹങ്കാരമാണ് നമ്മളുടെ വാസനകള വാസനകളുടെ മുഴുവൻ കുറ്റി വാസനകളെ മുഴുവൻ കെട്ടിയിട്ടിരിക്കുന്ന കുറ്റി അഹങ്കാരം ഈ അഹങ്കാരത്തിനെ പിടിച്ചുകൊണ്ടുവേണം വാസനകളെ നശിപ്പിക്കാൻ ഇപ്പൊ അഹങ്കാരത്തിനെ അന്വേഷിച്ച് ഈ അഹങ്കാരം എവിടുന്നു പൊന്തുണു എന്ന് ആലോചിക്കുമ്പോ തന്നെ ശരീരത്തിലുള്ള നാടികൾ മുഴുവൻ കടയപ്പെടും നാഡീമഥനം നാടികൾ മുഴുവൻ മഥനം ചെയ്യപ്പെടും നൂറ്റിയൊന്ന് നാടികൾ ഹൃദയത്ത് നിന്ന് ശരീരഭാഗങ്ങൾ മുഴുവൻ വിസ്തരിച്ചു കടക്കണു അതിലെ ഹൃദയസ്ഥാനത്തിൽ കടയപ്പെടുമ്പോ നൂറ് നാടികളിലൂടെയും ഒഴുകുന്ന വിഷയവാസനകളൊക്കെ പൊന്തി അതൊക്കെ കൂടെ പൊന്തി വരും മാത്രമല്ല ഈ പർവ്വതം താണുതാണു പോയി എന്ന് പറഞ്ഞില്ലേ താണുതാണു പോവുക എന്ന് വെച്ചാൽ മനസ്സിനെ കടയുന്ന സമയത്ത് മനസ്സ് പിടിതരാതെ താണുതാണു പോകും പിടിതരാതെ താണുതാണ് പോകും ഈ അഹങ്കാരം അല്ലെങ്കിൽ മനസ്സ് ഞാൻ എന്നുള്ള വൃത്തിയെ അന്വേഷിച്ചുകൊണ്ടാണ് യോഗസാധന ഞാൻ എന്നുള്ളത് എവിടുന്നു പൊന്തുണു ആദ്യമൊക്കെ പിടിതരും മനസ്സ് തമോ ഗുണത്തിനോ രജോ താണുതരാതെ താണുതാണ് പോകും അപ്പൊ എന്ത് വേണം വീണ്ടും അതിനെ ഗ്രസിക്കണമെങ്കിൽ സത്വഗുണത്തിന്റെ ഉദ്രേകം വേണം സത്വഗുണം ഉണ്ടാവണമെങ്കിൽ ഇന്ദ്രിയ വേണം ഇന്ദ്രിയ ഏറ്റവും നല്ല ഉദാഹരണം ആമ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് ജീവി കൈയും കാലും ഒക്കെ ജീവികൾ ആക്രമിക്കുമ്പോൾ ഉള്ളിലേക്ക് വലിക്കുന്നത് ആമ അപ്പൊ ആമയായിട്ട് ഭഗവാൻ അവിടെ വന്ന് ആധാരമായിട്ട് നന്നു അപ്പോ അത് വീണ്ടും പൊന്തി പിടിച്ചു കടഞ്ഞു കടഞ്ഞപ്പോ ആദ്യം പൊന്തിയത് അമൃതാനുഭവമല്ല വിഷം വിഷം എന്ന് വെച്ചാൽ വിഷയവാസന ഉള്ളിൽ എന്തൊക്കെ കിടക്കണോ അതൊക്കെ പൊന്തി വരും ധ്യാനം തുടങ്ങുമ്പോ ഭഗവാനെ ആരാധിച്ചു തുടങ്ങുമ്പോ ഉള്ളിൽ എന്തൊക്കെ അടങ്ങി കിടക്കണമോ അതൊക്കെ പൊന്തി വരും അത്ര കാലം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അതുണ്ട് അവിടെ ഈ വാസനകളൊക്കെ കൂടിയിട്ട് ഉള്ള ഒരു ആവരണമാണ് നമ്മൾ ഉറങ്ങുമ്പോ സുഷുപ്തി അവസ്ഥയിലുള്ള ഇരുട്ട് സുഷുപ്തി അവസ്ഥയിൽ മനസ്സ് ചെന്ന് ലയിക്കുമ്പോഴാണ് നമ്മൾ സുഷുപ്തി എന്ന് പറയുന്നത് സുഖമായി ഉറങ്ങി എന്ന് പറയണം പക്ഷെ ഉറക്ക സ്ഥിതിയിൽ ആത്മാ പ്രകാശിക്കണില്ല ഇന്ദ്രിയ വ്യാപാരമില്ല മനോവ്യാപാരമില്ല ബുദ്ധിവ്യാപാരമില്ല ശരീരവ്യാപാരമില്ല എങ്കിലും ആത്മാനുഭവുമില്ല പൂർണ്ണമായ ആത്മാനുഭവമില്ല സുഖം തോന്നുന്നു വാസ്തവം നിർവിശേഷമായ സുഖം തോന്നുന്നു സുഷുപ്തിയിൽ പക്ഷെ ആ സുഖത്തിന് എന്തോ ഒരു കുറവ് പൂർണ്ണ ബോധമില്ല സുഷുപ്തിയിൽ എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു ഇരുളിന്റെ മറ അവിടെ ഉണ്ട് ആ ഇരുളിന്റെ മറ എന്താണ് ജാഗ്രത അവസ്ഥയിൽ ആർജിച്ച രാഗദ്വേഷാദി വാസനകൾ കട്ട പിടിച്ച് കിടക്കുന്നതാണ് ഈ സുഷുപ്തിയിലുള്ള ഇരുള് അതൊക്കെ ഈ ധ്യാന സമയത്ത് പൊന്തി പൊന്തി വരും ജാഗ്രത അവസ്ഥയിൽ പൊന്തി പൊന്തി വന്നിട്ട് ജാഗ്രത അവസ്ഥയിൽ ഈ വിഷയവാസനകൾ മുഴുവൻ പൊന്തി വന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ ഉറക്കം പോലും സമാധിയായിട്ട് തീരുന്നതാണ് ഉറക്കത്തിലുള്ള ആ ഇരുളിന്റെ മറ നീങ്ങിക്കിട്ടും ഇരുള് പോയിട്ട് ഉറക്കം പോലും ആത്മാനുഭവമായിട്ട് അതാണ് നിദ്രാ സമാധിസ്ഥിതിഹി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞത് ജ്ഞാനികൾക്ക് നിദ്ര പോലും സമാധിസ്ഥിതി അവിടെ വാസനയുടെ ആ മറ നീങ്ങി ഇരുളിന്റെ ആ തിരശീല നീങ്ങി വസ്തു പ്രകാശിക്കും കാരണശരീരം നീങ്ങിക്കിട്ടും അപ്പോ ഇതൊക്കെ ഗംഭീരമായ വിഷയം മനസ്സിലാവണവർക്ക് മനസ്സിലാവട്ടെ അപ്പൊ ആ വിഷയവാസനകൾ ഇങ്ങനെ പൊന്തി വന്ന് ജാഗ്രതാവസ്ഥയിൽ പൊന്തി വരുമ്പോ ഈ ജീവന് താങ്ങില്ല സഹിക്കാൻ പറ്റില്ല അപ്പോ അതിനെ എന്തു ചെയ്യും നമ്മളുടെ ഉള്ളിൽ ദുഃഖമൊക്കെ വരുന്നുണ്ടല്ലോ പലപ്പോഴും സഹിക്കവയ്യാതെ ദുഃഖം അനുഭവങ്ങളിൽ ആ ദുഃഖമൊക്കെ വരുമ്പോൾ നമ്മള് അതിനെങ്ങനെയെങ്കിലും പുറത്ത് കളയാൻ വേണ്ടി ഒന്നിനെ ആരുടെ പോയി പറയും അല്ലെ അല്ലെങ്കിൽ അമ്പലത്തിലെ സ്വാമിയുടെ അടുത്ത് പോയി പറയണം അത് അധികം പേരും ചെയ്യില്ല എന്ന വിശ്വാസം പോരാ അദ്ദേഹം മിണ്ടണില്ല മിണ്ടാതിരിക്കണത് കൊണ്ട് പറയാൻ പോരാ അപ്പൊ അടുത്ത വീട്ടുകാരോട് ബന്ധുക്കളോടൊക്കെ പറയും അത് വലിയൊരു ഹിംസയാണത്ര രോഗികള് പറയുന്നത് നമ്മളുടെ വിഷമങ്ങള് ഈശ്വരനോട് പറയാം ജീവൻമുക്തരായ ജ്ഞാനികളുടെ അടുത്ത് പറയാം അവരൊന്നും പറയേണ്ട വെറുതെ കേട്ടാൽ മതി അവര് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട നമുക്ക് എന്ത് വിഷമമുണ്ടോ അവരുടെ മുമ്പിൽ പോയി അവതരിപ്പിച്ചാൽ അവര് മിണ്ടാതെ ഇരുന്നാൽ മതി നമ്മളുടെ വിഷമത്തിനെ അവരുടെ സന്നിധിയിൽ നമ്മൾ പറയണു പറഞ്ഞാലും അവരൊന്നും ചെയ്യില്ല ഒന്നും പറയില്ല ഒരു പക്ഷെ ഒരു പോലും ചെയ്യില്ല പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞാൽ തന്നെ ദേവതകള് കാര്യം നടത്തി അപ്പോ നമുക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ദുഃഖം ധ്യാനം ചെയ്യുമ്പോൾ യോഗസാധനകൾ ചെയ്യുമ്പോ ഒക്കെ പൊന്തി വരുന്ന ഈ വിഷയവാസനകളെ മറ്റുള്ളവരോട് പറയാൻ പാടില്ല പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാം ആരുടെങ്കിലും പറഞ്ഞാൽ നമുക്ക് ആശ്വാസം കിട്ടണമെന്ന് തോന്നുന്നു പക്ഷെ ആശ്വാസം വാസ്തവത്തിൽ ആശ്വാസം അവർക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തു കുറച്ച് വിഷമം അതുകൊണ്ട് ആ കഴിയണതും ആളുകളുടെ അടുത്ത് പറയാൻ പാടില്ല ഭഗവാന്റെ അടുത്ത് പറയണം ഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ ആശ്വാസവും കിട്ടും ആരെയും നമ്മൾ ഹിംസിക്കുകയില്ല അത് പുറത്തു പോവും അപ്പോ ഈ വിഷയവാസന അല്ലെങ്കിലോ സദ്ഗുരുവിന്റെ അടുത്ത് ജ്ഞാനികളായ ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ ഗുരുവിന് അതിനെ സ്വീകരിക്കാൻ കഴിയും ധ്യാന സമയത്ത് പൊന്തി വരുന്ന വിഷയവാസനകൾ ഗുരുവിന്റെ സന്നിധിയിൽ ഒഴിഞ്ഞു വിട്ടും പക്ഷേ ഗുരുവിനെ ഗുരുവിന്റെ ശരീരത്തിനെയും അത് ബാധിക്കും അദ്ദേഹത്തിന്റെ ശരീരത്തിനെ ബാധിച്ചാലും അദ്ദേഹം ത്യാഗിയായതുകൊണ്ട് അത് അതിന്ന് ശരീരം ഞാനല്ല എന്നുള്ള ഭാവമുള്ളത് കൊണ്ട് അത് എടുക്കില്ല പക്ഷെ ബാധിക്കും അതാണ് ശിവന് കണ്ഠത്തില് നീലമണിയായിട്ട് നിന്നു എന്ന് പറഞ്ഞത് രാമകൃഷ്ണ പരമവംശർക്ക് കണ്ഠത്തിൽ ക്യാൻസർ ആയിട്ട് നിന്നു രമണ മഹർഷിക്ക് കയ്യിൽ സാർക്കോമാവായിട്ട് നിന്നു എത്രയോ ജ്ഞാനികൾക്ക് ഇങ്ങനെ ഭക്തന്മാർ കൊടുത്ത കോൺട്രിബ്യൂഷനാണ് ഇങ്ങനെ ക്യാൻസർ ആയിട്ടും സാർക്കോമാവായിട്ടും കണ്ഠത്തിലെ നീലമണിയായിട്ടും ഒക്കെ വന്ന് നിൽക്കുന്നത് അപ്പോ ശിവൻ അതാണ് ഗുരു ശിവം ത്രിലോകൈക ഗുരു എന്ന് പറഞ്ഞു ഇവിടെ തന്നെ ഗുരു എന്നുള്ള ഭാവത്തിൽ തന്നെ ശ്ലോകമുണ്ട് ദേവന്മാര് പോയി സ്തുതിക്കുമ്പോൾ അപ്പൊ ശിവൻ ആ വിഷത്തിനെ എടുത്തു എന്ന് വെച്ചാൽ ആ വിഷയവാസനകളെ ഗുരു താൻ സ്വീകരിച്ച് ശിഷ്യനെ രക്ഷിക്കും പിന്നെ അത് കഴിഞ്ഞാലോ പിന്നെ ധ്യാനം തുടങ്ങുമ്പോഴോ സിദ്ധികളൊക്കെ പൊന്തി വരും ആകർഷണങ്ങൾ കുതര ആന ദുഃഖപുന്തി വരും ദുഃഖം എന്താ വാഹനങ്ങൾ അല്ലെ ആളുകൾക്ക് വാഹനങ്ങളൊക്കെ എളുപ്പത്തിൽ കിട്ടും നമുക്ക് ഗൃഹസ്ഥന്മാർക്കാണോ ഒരു കാറ് വാങ്ങണമെങ്കിൽ ഒരുപാട് കഷ്ടമുണ്ട് അല്ലെ കുറെ സമ്പാദിച്ചിട്ട് വേണം വാങ്ങിക്കാൻ സന്യാസിയാണെങ്കിൽ ആരെങ്കിലും കൊടുക്കും ഒന്നും വേണ്ടാന്ന് വന്ന് നടക്കുന്ന ആൾക്ക് ആരെങ്കിലും സ്വാമികൾക്കായിട്ട് ഞങ്ങളിതാ ഒരു കാറ് തരണമെന്ന് പറയും അറിയോ ഇദ്ദേഹം നേരെ മോക്ഷത്തിലേക്ക് പോകരുത് അതിന് കാറ് കിട്ടിയാൽ ആ എനിക്കൊരു കാറ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിലൊരു സുഖമോ അഭിമാനമോ വന്ന ചോട്ടലേക്ക് വീഴാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഈ കാറ് കൊടുക്കണം അപ്പോൾ ഇതുപോലെ വാഹനങ്ങളും അതും ഇതുമൊക്കെ ആര് വേണമെങ്കിൽ കൊടുക്കും അമൃതാനുഭവം ഒഴിച്ച് എല്ലാം മുമ്പിൽ വരും ഈ വാഹനങ്ങളായിട്ടും ഇതൊക്കെ എന്നിട്ട് അവസാനം കൽപ്പക തരൂ അതും അപ്പൊ വരേണ്ടതാണ് കൽപ്പക തരൂ എന്താണെന്ന് വെച്ചാൽ ഇച്ഛാസാധ്യം അതും യോഗസാധനയിൽ ചിത്തം കുറച്ച് ശുദ്ധമാവുമ്പോൾ സാധാരണ ആളുകൾക്ക് പോലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴേക്കും നടന്നു കേട്ടോ വിചാരിക്കുമ്പോഴേക്കും അത് വന്നു നിന്നു എന്ന് പറയും അതിൽ വീണ് പോകരുത് അതിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാലും സന്തോഷിക്കരുത് സന്തോഷിച്ച് അവിടെ ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കാൻ തുടങ്ങിയാൽ അതിനേക്കാളും മഹാ അപകടം വരൊന്നുമില്ല നമുക്ക് ആഗ്രഹിക്കാനേ അറിയില്ലല്ലോ നമ്മളിന്ന് വെട്ടിത്തോക്കാൻ ആഗ്രഹിച്ചു വെക്കും അപ്പൊ നമ്മൾ ആഗ്രഹിച്ച അപകടം ഉണ്ടാക്കും ഏടാകൂടം ഉണ്ടാക്കും അതുകൊണ്ട് ആഗ്രഹസാധ്യമാണ് ഈ നടുവിൽ വരുമ്പോ ഉണ്ടാവുന്ന ഒരു സിദ്ധി ആഗ്രഹിച്ച് കുഴപ്പമുണ്ടാക്കും അപ്പൊ അതൊക്കെ കടന്നുപോയി അവസാനം വരുന്നതാണ് ഈ ലക്ഷ്മി ഐശ്വര്യ ദേവത ഐശ്വര്യം ച അവ്യാഹതം അനേക സിദ്ധികളും അനേക ശക്തികളും മുമ്പിൽ വരും അതിനെയും ഭഗവാന്റെ ആണ് തൻ്റെ ധരിക്കരുത് അതാണ് ഭഗവാന് കല്യാണം കഴിച്ചുകൊടുക്ക യോഗിക്ക് അവസാനം വരുന്നതാണ് ഈ ഐശ്വര്യം ഐശ്വര്യം എന്ന് വെച്ചാൽ പണം എന്ന് മാത്രമല്ല അർത്ഥം പണമല്ല ഐശ്വര്യം ഇവിടെ ലക്ഷ്മി എന്ന് പറയണത് ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഏർപ്പെടുന്ന സദ്ഗുണം ദയാ കാരുണ്യം സർവഭൂത സുഹൃദ്ഭാവം ത്രികാലജ്ഞാനം മുതലായിട്ടുള്ള എല്ലാ ശക്തികളും ഈശ്വരന്റെ അടുത്തെത്തുമ്പോ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആചാര്യസ്വാമികൾ പറയണു ഈ ജ്ഞാനത്തിന്റെ അടുത്തെത്തുമ്പോ ഐശ്വര്യം അവ്യാഹതമായ ഐശ്വര്യം വരും അപ്പൊ ആ ഐശ്വര്യം വരുമ്പോ യോഗിക്ക് ചിലപ്പോ അഹങ്കാരം ഉണ്ടാവോ ഇതൊക്കെ എനിക്കുണ്ട് എന്ന് തോന്നുമ്പോ ലക്ഷ്മി പോകും അപ്പൊ ലക്ഷ്മിയെ അതുകൊണ്ടാണ് ഭഗവാന് തന്നെ മരണമാല്യം അണിയിക്കണം അതൊക്കെ ഭഗവാന്റെ ഗുണം എന്റെ ഭഗവാന്റെ കൃപ കൊണ്ടുള്ളത് എന്ന് ധരിച്ചാൽ വീണ്ടും മേലെ പോകും അമൃതം പൊന്തി വരും അമൃതം പൊന്തി അമൃതം എന്ന് വച്ചാൽ സമാധിയാണ് സമാധിയിലാണ് നിർവികൽപ സമാധിയിലാണ് ആത്മസാക്ഷാത്കാരം ഉണ്ടാവുന്നത് അമൃതം പൊന്തി വരണമെന്ന് വച്ചാൽ നിർവികൽപ സമാധിയുടെ അനുഭവമാണ് അതുപോലും ഈ ജീവന് പക്വതയില്ലെങ്കിൽ ഇയാളുടെ ഉള്ളിൽ ഇനിയും അല്പസ്വല്പം അസുരവാസനകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ അസുരവാസനകൾ ആ അമൃതത്തിനെയും കൊണ്ടുപോകും അതായത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളതിനെ വെച്ചുകൊണ്ടും മുന്നോട്ടു പോകും പിന്നീം മോഹിനിയുടെ വലയത്തിൽ പെടും അതുകൊണ്ട് ഈ അമൃതാനുഭവം ദൃഢമാവണം അമൃതാനുഭവം ദൃഢമാവണം അമൃതാനുഭവത്തിന് ഇടയിൽ വന്നിട്ട് ഈ ബുദ്ധി മനസ്സും ഉണ്ടല്ലോ അതിങ്ങനെ ഗ്രസിച്ചിട്ട് ബുദ്ധിമനീ രാഹു രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശോ മായാസമാച്ഛാദനാത് ഈ രാഹു സൂര്യനെയും ചന്ദ്രനെയും പിടിക്കണമെന്ന് പറഞ്ഞല്ലോ സൂര്യൻ ബുദ്ധി ചന്ദ്രൻ മനസ്സ് മനസ്സിനെയും ബുദ്ധിയേയും ഈ രാഹു ആവുന്നമായ അസുരവാസന ഇടയ്ക്കിടക്കിടയ്ക്ക് ബാധിക്കും ബാധിക്കുമ്പോ ഈ പ്രകാശം നഷ്ടപ്പെടുന്ന പോലെ ഈ ജ്ഞാനദാർഢ്യം വരണവരെ പരിപൂർണമായ ജ്ഞാനദാർഢ്യം വരണവരെ ഇടക്കിടക്ക് ഈ ഗ്രഹണം ഉണ്ടായിക്കൊണ്ടിരിക്കും മേലെ പോകും തോറും യോഗ മേലെ പോകും തോറും ഇടയ്ക്കൊക്കെ വളരെ ആഴമായ അനുഭൂതി ഏർപ്പെട്ട പോലെ തോന്നും അത് പിന്നെയും പോകും പിന്നെയും മറയ്ക്കും പിന്നെയും പോകും ഇങ്ങനെ വന്നും പോയും വന്നും പോയും കൊണ്ടിരിക്കും അവസാനമാണ് ഈ അമൃതാനുഭവം ദൃഢമാവുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ അമൃതാനുഭവം ഏർപ്പെടണമെങ്കിൽ ഭഗവാന് സ്വയം അർപ്പിച്ച് താനില്ലാതായി തീരണം അതിനാണ് അടുത്ത കഥയായിട്ട് മഹാബലിയുടെ ഉപാഖ്യാന വരണം അമൃതാനുഭവം ദൃഢമാവണമെങ്കിൽ മഹാബലിയെ പോലെ തന്നെ പരിപൂർണമായി ഭഗവാനെ അർപ്പിക്കണം അങ്ങനെ ആരാ അർപ്പിക്കണമോ അവർക്ക് അമൃതാനുഭവം ദൃഢമായിട്ട് തീരും ഇങ്ങനെ അമൃതമഥന കഥ അത് പൂർണമായും താത്വികമായിട്ട് വ്യാഖ്യാനിക്കാം ഇത് കഴിഞ്ഞ് അമൃതം കുടിച്ച് ദേവതകൾ അസുരന്മാരോട് യുദ്ധത്തിന് പോയി യുദ്ധം ചെയ്തു യുദ്ധത്തിൽ അസുരന്മാരെയൊക്കെ തോൽപ്പിച്ചു മഹാബലിയെ കുറെ ചീത്ത വിളിച്ചു ഇന്ദ്രൻ എത്രയോ പ്രാവശ്യം ഇന്ദ്രനെ മഹാബലി തോൽപ്പിച്ചതാണ് അപ്പൊ ഇന്ദ്രൻ മഹാബലിയെ കുറെ ചീത്ത വിളിച്ചു താൻ വലിയ അറിവുള്ളവനാണെന്നും ശക്തനാണെന്നും ഒക്കെ വെറുതെ വേഷം കെട്ടാണ് സിദ്ധികൾ കൊണ്ട് ഇന്ദ്രജാലം കൊണ്ടും എനത്ര കാലം രക്ഷിച്ചു ജയിച്ചു തന്നെ ഞാനിപ്പോ വധിക്കും എന്ന് പറഞ്ഞ ഇന്ദിരൻ അമൃതം കുടിച്ച ബലത്തോടെ നിൽക്കണു മഹാബലി അപ്പൊ പറഞ്ഞു വളരെ ശാന്തനായിട്ട് ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദിര ജീവിതത്തിന്റെ നിയമം എന്താ അറിയോ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു സംഗ്രാമം അവിടെ കാലചോദിത കർമ്മണം കാലം ഓരോരുത്തരെ വെച്ച് കളിപ്പിക്കണം അതിൽ കീർത്തി ജയം പരാജയം ഇതൊക്കെ എല്ലാവർക്കും വന്നും പോയി കൊണ്ടിരിക്കും അറിവുള്ളവര് കീർത്തി വരുമ്പോ കാണില്ല കീർത്തി വരുമ്പോ ഒരുപാട് സന്തോഷിക്കുകയോ പരാജയം വരുമ്പോ ദുഃഖിക്കുകയോ ചെയ്യില്ല തതിദം കാലരശനം ജനാഹ പശ്യന്തി സൂരയാ ഈ കാലരശന രചന എന്ന് വെച്ച ചരട് കാലത്തിന്റെ ചരട് നമ്മളെയൊക്കെ പാവക്കൂത്ത് കളിപ്പിക്കുന്ന കാലത്തിന്റെ ചരടിനെ അറിവുള്ളവര് കാണുന്നു അതുകൊണ്ട് അവര് ന ഹൃഷ്യന്തി അവര് ഒരു നല്ലത് കിട്ടുമ്പോ ഒരുപാട് സന്തോഷിക്കുകയോ ദുഃഖമേർപ്പെടുമ്പോ കരയുകയോ ചെയ്യില്ല തത്ര യൂയം അപണ്ഡിതാഹ ആ കാര്യത്തിൽ നിങ്ങൾ അറിവില്ലാത്ത മണ്ടൂസുകളാണെന്ന് ഇന്ദ്രന് വിഷമം തോന്നി ഉള്ള അസുരന്മാരൊക്കെ ഉപദേശിക്കണം വരുണമാരൊക്കെ ഉപദേശിക്കണം മഹാബലി പറഞ്ഞു നിങ്ങൾക്കിത് അറിയില്ല ഞങ്ങൾക്ക് ഗുരുവിന്റെ കൃപ കൊണ്ട് ഈ തത്വം അറിയണത് കൊണ്ട് ഞങ്ങളിപ്പോ തോൽക്കുന്നതിലൊന്നും എനിക്ക് വിഷമമില്ല ഇത് എനിക്ക് വരും കുറച്ചു കഴിഞ്ഞാൽ തനിക്ക് വരും ഇത് വെറും കളി അപ്പൊ ഇന്ദ്രൻ അത് പിന്നെ യുദ്ധം ചെയ്തു മഹാബലി മുതലായ അസുരന്മാരെയൊക്കെ വധിച്ചു വധിച്ചു കഴിഞ്ഞപ്പോ ചക്രേണ സംയതിഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു കൃതുവർദ്ധിതോഷ വിക്രാന്തിമാൻ ഭയനിശേ സക്രമുഖാതേവന്മാർ അസുരന്മാരെയൊക്കെ വധിക്കും വധിച്ചു കഴിഞ്ഞൊക്കെ ഹാ ജൈവിളിച്ച് നിലവിളിക്കും സന്തോഷിച്ച് അപ്പൊ ഈ ചത്തുകിടക്കണതിനെയൊക്കെ വന്ന് സ്ട്രക്ചറിൽ കൊണ്ടുപോകും അസുരന്മാര് കുറച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ കൊണ്ടുപോയതൊക്കെ നടന്നുവരും സ്ട്രക്ചറിൽ പോയതൊക്കെ കുറെ കഴിയുമ്പോൾ നടന്നുവരും എന്താണെന്ന് വെച്ചാൽ ശുക്രാചാര്യർ അങ്ങനെയൊരു വഴി കണ്ടുപിടിച്ചു ഇവര് അമൃതം കുടിച്ചു എന്ന് വെച്ചാൽ ശുക്രാചാര്യര് മരിച്ചവരെയൊക്കെ എഴുന്നേപ്പിച്ചു വിടാനുള്ള വിദ്യ കണ്ടുപിടിച്ചു കൈകാലൊന്നും അംഗഭംഗമൊന്നും ഇല്ലെങ്കിൽ അവരെയൊക്കെ എഴുന്നേപ്പിച്ചു വിടുക അങ്ങനെയൊരു വഴി ശുക്രാചാര്യരെ കണ്ടുപിടിച്ചു ശുക്രേണ ജീവിതതനുഹു ശക്രേണ ഹതഹ ശുക്രേണ ജീവിത ഒക്കെ എഴുന്നേപ്പിച്ചു വിടുകയാണ് ഉറങ്ങി എഴുന്നേറ്റാലേ നല്ല ഫലം അങ്ങനെയിരിക്കുമ്പോൾ മരിച്ചിട്ട് എഴുന്നേറ്റാ എങ്ങനെയുണ്ടാവും ഇതൊക്കെ വന്നിട്ട് യുദ്ധത്തിന് വരണം രണ്ടു മൂന്ന് പ്രാവശ്യം മരിച്ചെഴുതേമ്പോഴേക്കും മഹാബലിക്ക് നല്ല ഉറപ്പായി ആത്മാവിന് മരണമില്ലാ ജനനമില്ല ഇത് ഉറക്കം പോലെ മരണത്തിനേയും പേടിയില്ലാതെ എന്തും കുറെ കാലം നടന്നാൽ പിന്നെ ഒന്നിനേയും പേടി ഉണ്ടാവില്ലേ ആളുകൾക്ക് കുറെ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ഒന്നും കാര്യമില്ല തലയ്ക്ക് മേലെ വെള്ളം പോയി അഞ്ചടി പോയാൽ എന്താ പത്തടി പോയാൽ എന്താ ഒരേപോലെ അതുപോലെ മരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ മരിച്ച കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള മട്ടേ അപ്പൊ യുദ്ധത്തിന് വരുമ്പോ ഇന്ദ്രന് ഇപ്പൊ അസുരന്മാരുടെ യുദ്ധം ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയായി അസു മഹാബലിയെ കണ്ടാലേ പ്രത്യേകിച്ച് ഒരു പേടി തോന്നുന്നു ഇന്ദ്രന് കാരണമില്ലാതെ അപ്പൊ ഇന്ദ്രൻ തന്റെ ഗുരുവായ ബൃഹസ്പതിയെ വിളിച്ചു ബൃഹസ്പതിയെ വിളിച്ചു ചോദിച്ചു സ്വാമിനെ എന്താ എനിക്കിപ്പോ ഈ മഹാബലിയെ കാണുമ്പോ ഇത്രയും പേടി തോന്നണത് ഇയാളുടെ ബലം എന്താണ് ഇയാളുടെ സീക്രട്ട് എന്താണ് എവിടുന്ന ഇയാൾക്ക് ഇത്ര ശക്തി ബൃഹസ്പതി പറഞ്ഞു ജാനാമി എനിക്ക് അറിയുന്നു ആ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്ത് കാര്യം പറയും ജാനാമി ഭഗവൻ ശത്രുന്നതേരസ്യ കാരണം ശത്രുക്കൾക്കുള്ള ഉന്നതിക്കുള്ള കാരണം അറിയും ആ അപ്പൊ അറിഞ്ഞിട്ടാണല്ലേ ഉണ്ടാതിരിക്കുന്നത് നല്ല ഗുരു എന്താ കാരണം പറയൂ അവർക്കൊരു ഗുരുവുണ്ടോ ശുക്രാചാര്യർ അദ്ദേഹം അദ്ദേഹം ചെയ്യണ പണിയൊക്കെ എനിക്കറിയാം മരിച്ചവരെയൊക്കെ എഴുന്നേപ്പിച്ചു വിടണു അങ്ങനെ എന്തോ ഒരു മെഷീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഒക്കെ അതിനകത്ത് കൊണ്ട് ഇട്ടൊക്കെ എഴുന്നേക്കും അതൊന്നുമല്ല കാര്യം ശിഷ്യായ ഉപഭ്രതം തേജഹാ ഭൃഗുബിഹി ബ്രഹ്മവാദി ബിഹി ബ്രഹ്മവാദിയായിട്ടുള്ള ശുക്രാചാര്യര് മഹാബലിക്ക് വെറും ശക്തിയല്ല കൊടുക്കണത് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ബ്രഹ്മതത്വം ഉപദേശിച്ച എന്താ വൈശിഷ്ട്യം ഒരിക്കലും പിന്നീട് അഹങ്കാരം ഉണ്ടാവില്ല കർത്തൃത്വം ഉണ്ടാവില്ല ഭോക്തൃത്വം ഉണ്ടാവില്ല ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമില്ല ഞാൻ അനുഭവിക്കണമെന്നുള്ള ഭാവമില്ല ഞാനേ ഇല്ല അഖണ്ഡമായ ഒരു ബ്രഹ്മവസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ള നല്ല ഉറപ്പുള്ളത് അയാൾ ഇങ്ങനെ തേജസ്സുകൊണ്ട് ജ്വലിക്കുന്നത് അതുകൊണ്ടാണ് മഹാബലിയെ കാണുമ്പോൾ താങ്കൾക്കൊരു വെറുതോങ്ങുന്നത് അത് ശരി അപ്പൊ അവരുടെ ഗുരു ഉപദേശിച്ചു കൊടുത്തു അപ്പൊ നിങ്ങളിവിടെ ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യം ബൃഹസ്പതി പറഞ്ഞു ഞാനും ശുക്രാചാര്യരും ഒന്ന് തന്നെ പക്ഷെ നീയും മഹാബലിയും ഒന്നല്ല മഹാബലി ഇങ്ങനെ നിൽക്കില്ല ഗുരുവിന്റെ മുമ്പില് തരൂ ചോദിക്കൂ എന്താ ചോദിക്കില്ല ശമ്പളം തരണം ഭാവം ഉണ്ടാവില്ല മഹാബലി പരമവിനയമായിട്ട് ശുക്രാചാര്യരുടെ മുമ്പിൽ നിന്ന് തത്വഗ്രഹണം ചെയ്യണു നീയോ ഗുരുവിനോട് ബഹുമാനമില്ലെങ്കിൽ എങ്ങനെ ഉപദേശിച്ചു തരാൻ പറ്റും എന്നാലും നിങ്ങൾക്ക് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം ആ പറയൂ എന്താ വഴി അപ്പൊ ഒരു വിനയം നടിച്ച് നിന്നു തൽക്കാലത്തേക്ക് ഒളിഞ്ഞ് വേഷം മാറി ജീവിക്കുക ആ അതിനാണ് അപ്പൊ ഗുരു വേഷം മാറി ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല അപ്പൊ ദേവന്മാരെ ജയിക്കാൻ വേറെ വഴിയൊന്നുമില്ല വേഷം മാറി ജീവിക്കന്മാരെ ജയിക്കാൻ വഴിയില്ല അപ്പൊ ദേവതകളൊക്കെ വേഷം മാറി അവിടെ എവിടെ ആയി ഒളിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി പുത്രാർത്ഥി ദർശനവശാദ് അതിഥിർവിഷത്തശ്യപം നിജപതിരണ പ്രപന്നൂജനം തതുതിതം ഹി പയോതം സമര ഭക്തിപൂർണ അങ്ങനെ പാർക്ക ദുഃഖം അതിഥിക്ക് ദേവമാതാവായ അതിഥിക്ക് മനസ്സിന് വൈഷമ്യം അതിഥി ആലോചിച്ചു എങ്ങനെയെങ്കിലും തന്റെ പുത്രന്മാർക്ക് സദ്ഗതി ഉണ്ടാവണം അതിനെന്താ വഴി ഒരേ വഴിയെ അതിഥി കണ്ടുള്ളൂ തന്റെ പതിയോട് പറയണം കശ്യപ പ്രജാപതി മഹാത്മാവാണ് പക്ഷെ കശ്യപ്രജാപതിയോട് പറയണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള ഭർത്താവ് അദ്ദേഹത്തിന്റെ പേര് തന്നെ അതിനെ അത്രേ സൂചിപ്പിക്കണത് കശ്യപഹ എന്ന് വെച്ചാൽ പശ്യകഹ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഉദാസീന ചക്രവർത്തി അദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കാൻ പാടുവോ ഗൃഹസ്ഥൻ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇരുന്നാൽ പാടില്ല ഇങ്ങനെ ഇരിക്കാൻ പാടുവോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഗൃഹസ്ഥനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരുന്നാൽ പാടില്ല അല്ലെങ്കിൽ പടാതെ പാടുപെടേണ്ടി വരും അതെന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഭാര്യ അതിഥി അപ്പൊ അതിഥിയുടെ മക്കൾ ദേവന്മാര് ഇനിയൊരു ഭാര്യ ദിതി ദിതിയുടെ മക്കൾ അസുരന്മാര് ആ വീട് എങ്ങനെയുണ്ടാവും അല്ല ആലോചിച്ചു നോക്ക ഒരേ അമ്മയുടെ രണ്ടു കുട്ടികൾ രണ്ടുവിധമായിരുന്നാലേ തല കീഴും അങ്ങനെയുള്ളപ്പോ രണ്ട് ഭാര്യമാര് അതിൽ കുട്ടികൾ ഒന്ന് അസുരംമാരും ദേവന്മാരും എപ്പ നോക്കിയാലും ലഹള ഇദ്ദേഹം എങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ ഇവര് അങ്ങോട്ട് ഇങ്ങോട്ട് മുഷ്ടി ചുരുട്ടി അടിക്കും ഇദ്ദേഹം നടുവിലിരുന്ന് രസമായിട്ട് നമ്മൾ ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കാം പശ്യകഹ്യ വേദം തന്നെ പറയുന്നത് പശ്യകഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിന് വ്യുപത്തി പശ്യകൻ എന്നാണ് പശ്യകൻ എന്ന് വെച്ചാ നോക്കിയിരിക്കുന്ന ആളെന്ന അർത്ഥം യാതൊന്നുമില്ല ഇടപെടില്ല അപ്പോഴാണ് അതിഥി വന്ന് പറയാ ഭഗവാനെ എന്റെ മക്കളെയൊക്കെ ഈ അസുരന്മാരെ തല്ലുണു ജയിക്കാൻ എന്തെങ്കിലും വരം തരണം തഥാസ്തു അപ്പോഴേക്കും ദിതി വന്നിട്ട് പറയും ഭഗവാനെ എന്റെ മക്കളായ അസുരന്മാരെയൊക്കെ ദേവന്മാര് തല്ലുണു എന്തെങ്കിലും വരം തരണം തഥാസ്തു നോക്കിയിരിക്കും ഇത് എന്താ പോവരെ ഒന്നും നന്നാക്കാൻ നമ്മളെ കൊണ്ടുപറ്റില്ല അവര് അടിക്കുകയോ കുത്തുകയോ തല കൂട്ടി മറിയോ എന്തു വേണമെങ്കിൽ ചെയ്തോട്ടെ ശാന്തമായി നോക്കിയിരുന്നാൽ കുഴപ്പമേയില്ല സപ്തമ സ്കന്ധത്തില് നാരദ മഹർഷി ഗൃഹസ്ഥ ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തപ്പോ ഗൃഹസ്ഥൻ എങ്ങനെയിരിക്കണം എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോ നാരദൻ പറഞ്ഞു ഗൃഹസ്ഥാശ്രമത്തിൽ അതിഥിയെ പോലെ ഇരിക്കണം ഒരു വീട്ടിൽ പോയ അതിഥിയാണെങ്കിൽ എങ്ങനെ എന്ത് നടന്നാല് ഇന്ററസ്റ്റ് കാണുകയോ അതുപോലെ ഇരിക്കണത്രേ എന്നിട്ട് ആരെന്തെന്ത് ചോദിച്ചോ അതൊക്കെ വാങ്ങിക്കൊടുക്കണം ആരെ ആരെ പറ്റി എന്ത് അഭിപ്രായം പറഞ്ഞാലും തല കുലുക്കണോ അത്രയും തല കുലിക്കൊണ്ടേ ഇരിക്കണം എന്നാ ഒരു ബന്ധുക്കൾ അനേകം ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും കുറ്റം പറയുമ്പോൾ അവരെങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശരിക്കും വാസ്തവം എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊള്ളണം വായ് കൊണ്ടൊന്നും പറയരുത് നമ്മൾ വായ് കൊണ്ട് വല്ലതും അതിനെ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് തല മാത്രം ആട്ടണം അത് വേറെ ആരെങ്കിലും ഒക്കെ വന്ന് പറയും നിങ്ങളെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ തലയാട്ടിക്കൊള്ളണം എല്ലാത്തിനും തലയാട്ടണം അതാണ് ഈ ചെട്ടിയാരുടെ ഒരു ബൊമ്മ വാങ്ങി വീട്ടിൽ വെക്കണം അതിങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടേന്ത്ഞ്ഞാൽ ഒന്നും ഉള്ളിലേക്ക് കടത്തരുത് മണ്ട മാത്രം ആടിക്കൊണ്ടേ അങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കണം എന്നാണ് അങ്ങനെയുള്ള ആളാണ് കശ്യപ പ്രചാപണി യാതൊന്നിനും വായു തുറന്നൊരു വാക്കുവിടില്ല വായു തുറന്നൊരു വാക്കുവിടില്ല അതിഥി ദിദിയെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ഓ വളരെ റൈറ്റ് പറഞ്ഞാൽ മണ്ടയാട്ടം അത് കഴിഞ്ഞ് ആ മണ്ടാ ആട്ടണത് എങ്ങനെ വേണേൽ എടുക്കാം എന്നാണ് തെക്കൻ കേരളവും വടക്കൻ കേരളവും ഞാൻ രണ്ടു വിധത്തിൽ കണ്ടിട്ടുണ്ട് തെക്കൻ കേരളത്തെ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആണോ എന്ന് പറയാൻ ഇങ്ങനെ എങ്ങനെ ആട്ടും ആണോ പോയി കഴിഞ്ഞാൽ അല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ ആട്ടും അപ്പൊ ഇത് കണ്ടിട്ട് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം എന്നാണ് ഞാൻ തൽക്കാലത്തേക്ക് അങ്ങോട്ട് തെക്കനോ വടക്കനോ ആയിക്കോളാം അപ്പൊ എങ്ങോട് വേണമെങ്കിൽ ആട്ടിക്കോളാം ഒന്നും അഭിപ്രായം പറഞ്ഞു പോകരുത് എന്നാണ് എന്നാലോ ഒന്നും ഉള്ളിലേക്കും എടുക്കാൻ പാടില്ല ആര് എന്ത് പറഞ്ഞാലും ഇത് വാസ്തവമെന്നോ തെറ്റെന്നോ ഉള്ളിലേക്ക് കിടത്തരുത് ചെവിയില് എപ്പോ ഒരു ഷട്ടർ ഇടണമെന്ന് മനസ്സിലാക്കിക്കൊള്ളും ലോകവർത്തമാനം പറയുമ്പോൾ ഷട്ടർ ഇട്ടിട്ട് തലമാത്രം ആടിക്കൊണ്ടിരുന്ന ആർക്കും ഒരു വിരോധമില്ല പരമഭാവം ഞാൻ പറഞ്ഞു ഇതൊക്കെ സത്യം സമ്മതിച്ചു ആളുകൾക്കൊന്നും നമ്മളിപ്പോ അഭിപ്രായമൊന്നും പറയണ്ടേ അവര് പറയണത് നമ്മള് കേട്ടാ മതി ആരും നമ്മൾ പറയുന്നതിനെ കേൾക്കാനൊന്നും തയ്യാറാവില്ല ആരോ പറയണോ അത് കേട്ടാ മതി രണ്ടുപേരും വർത്തമാനം പറയുമ്പോൾ നോക്കിക്കോളൂ ഒരാൾ പറയും വേറെ ഒരാൾ കേൾക്കുമെന്നില്ല അയാൾ നിർത്താൻ വേണ്ടി കാത്തോണ്ടിരിക്കും അയാള് പറഞ്ഞ ഇയാള് തുടക്കും ഇതാണ് ലോകസമ്പ്രദായം അതുകൊണ്ട് കശ്യപ പ്രജാപതി എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും തലയാട്ടിക്കൊള്ളും എന്തിനും കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിഥി ആലോചിച്ചു അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് തന്റെ വിഷമം പറയണം വിഷമം വരണം എന്ന് വെച്ചാൽ എങ്ങനെയാ അറിയോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാമകൃഷ്ണദേവൻ പറയും ഗൃഹസ്ഥാശ്രമത്തിൽ ഇടയ്ക്കൊക്കെ ദൂരത്തു പോയി താമസിക്കണം എന്ന് പറയും ഗൃഹസ്ഥാശ്രമവും മഹാപ്രശ്നമാണെങ്കിൽ ഒരുപാട് കുടുംബവും ബഹളവും ഒക്കെ ഉണ്ടെങ്കിൽ ബഹളം മുറ്റി നിൽക്കുമ്പോ ഞാൻ പരിഹാരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോകണം അപ്പൊ നമ്മൾ പരിഹാരം പറയാൻ വേണ്ടി അവര് കാത്തിരിക്കുമ്പോ അവരും കുറച്ച് ശാന്തമാവും നമ്മൾ വരുമ്പഴേക്കും ഇവിടെ ഒരുമാതിരിയൊക്കെ ശരിയാകും അതുമാതിരി ഈ അതിഥിയും ദിതിയും പ്രശ്നമായാൽ ഇദ്ദേഹം പോവും പോയിട്ട് ഹിമാലയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗുഹയില് പോയിട്ട് സമാധിയില് സുഖമായിട്ടിരിക്കും ആ വർഷക്കണക്കിന് അങ്ങനെ സമാധിയിലിരിക്കും എന്നിട്ട് സമാധി വിട്ട് എന്നെങ്കിലുമൊക്കെ ഒരു ദിവസം ഉണർന്നാൽ ഏകദാ കശ്യപസ്താ അതിഥേ ആശ്രമം ഭഗവാനി അതിഥിയുടെ ആശ്രമത്തിലേക്ക് വന്നു അത്ര തന്റെ എപ്പോഴോ ഒരിക്കെ സമാധിവിരതാ ചിരാത്ത് കുറെ കാലത്ത് സമാധിക്ക് ശേഷം ഭാഗവതത്തിലാണ് നാരായണീയത്തിലല്ല കുറെ കാലത്ത് സമാധിക്ക് ശേഷം അതിഥിയുടെ ആശ്രമത്തിലേക്ക് വന്നു ആശ്രമത്തിൽ വന്നപ്പോ നിരുത്സവം നിരാനന്ദം ഒരു ഉത്സാഹമില്ല ആകപാടശൂന്യം അതിഥിയുടെ മനസ്സ് വിഷമിച്ചിരിക്കണം അതിഥിയോട് ചോദിച്ചു എന്തുപറ്റി തം കശ്യപം നിജപതിം ശരണം പ്രപന്ന അതിഥിയോട് ചോദിച്ചു എന്താ വിഷമം അതിഥി പൂജ ചെയ്യണല്ലേ ഏത് ഗൃഹത്തിലാണോ അതിഥികളെ സത്കരിക്കാത്തത് ആ ഗൃഹം ശൂന്യം വന്നാൽ ഒരു ഗ്ലാസ്സിൽ ജലമെങ്കിലും കൊടുക്കണം വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമ്മള് കാപ്പി ചായ വേണോ ചോദിക്കും പക്ഷെ അവർ ചോദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കയറിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ഗ്ലാസ്സിൽ ജലം കൊണ്ടുവന്ന് കൊടുക്കും എന്നിട്ടേ പിന്നെ വില ചോദ്യമുള്ളൂ അതിനൊക്കെ പ്രമാണം ഇവിടെയാണ് കശ്യപ്രജാപതി പറയാണ് വെള്ളമെങ്കിലും കൊടുത്ത് സലീലയിലി ആദ്യം സലീലമെങ്കിലും കൊടുത്തിട്ട് സത്കരിക്കണം ഏത് ഗൃഹത്തിലാണോ അതിഥികളെ സത്കരിക്കാത്തത് അതിഥികൾ വന്നാ പേടിക്കണത് അവർ താമസിക്കുവോ എന്നാ കൊടുക്കേണ്ടി വരുവോ ഇങ്ങനെയൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഭേരുരാജഗൃഹോപമാഹാതെ എത്ര വലിയ വീടാവട്ടെ അത് കുറുക്കന്റെ പോടാത്ര കുറുക്കന്മാരാണ് അവിടെ താമസിക്കുന്നത് മനുഷ്യരല്ലാന്ന് അപ്പോ അതിഥികൾ വന്നാ സന്തോഷിക്ക അതിഥികൾ വന്നാ പൂജിക്ക അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്താ ഈ അവസ്ഥയ്ക്ക് കാരണം അതിഥി പറഞ്ഞു ഭഗവാനെ അതിഥി പൂജയോ ദേവപൂജയോ ഒന്നും മുടക്കിയിട്ടില്ല കാരണം അതൊന്നുമല്ല എനിക്ക് മനസ്സിന് സന്തോഷം എന്താ സന്തോഷത്തിന് ഇപ്പൊ കുഴപ്പം എന്റെ മക്കളിതാ വീടും നാടും ഇല്ലാതെ അലഞ്ഞു നടക്കുക വേഷം കെട്ടിയിട്ട് സുഖമുണ്ടാവാൻ ആ അത് ശരി പ്രജാപതി വിചാരിച്ചു വന്ന ഉടനെ അപ്പൊ ഇതാണ് തുടങ്ങിയത് കശ്യപം പറഞ്ഞു അതിഥിയോട് നോക്ക ഈ മക്കള് കുട്ടികള് ഇവരെ ഒന്നും നന്നാക്കാൻ നമുക്ക് പറ്റില്ല ഇവിടെ ആർക്കും ആരോടും ശാശ്വതമായ ഒരു ബന്ധവും ഇല്ല കസ്യക്കെ പതി പുത്രാദ്യ പതി ആരു പുത്രൻ ഈ ലോകത്തില് ഓരോ ജന്മത്തിൽ ഓരോ പതി ഓരോ പുത്രൻ ഓരോ അമ്മ ഓരോ അച്ഛൻ എത്രയോ ജന്മങ്ങൾ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോ മോഹം കൊണ്ട് ഈ ഭൗതികമായ ശരീരത്തിനെ ആത്മാവെന്ന് ധരിച്ച് ഈ ശരീരത്തിന് ജനിക്കണ കുട്ടികൾ എന്റെ കുട്ടികളിൽ നിന്ന് ജനിച്ച് അവര് നന്നായിരിക്കണം മറ്റുള്ളവർ കെട്ടുപോകണം ഇതൊക്കെ അജ്ഞാനമാണ് അതുകൊണ്ട് വിട്ടുകളയ്യാന്ന് പറഞ്ഞു പക്ഷെ അതിഥി അമ്മയല്ലേ അമ്മയ്ക്ക് വിട്ടുകളയാൻ വയ്യ അമ്മക്ക് വീണ്ടും മക്കളെക്കുറിച്ച് ആലോചിച്ചപ്പോ വിഷമം അപ്പൊ കശ്യപ്രജാപതി പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യൂ ഭഗവാനെ ഭജിക്കൂ പയോവ്രതമനുഷ്ഠിക്ക നമ്മളായിട്ടൊന്നും ചെയ്യാൻ പാടില്ല ഭഗവാന്റെ അടുത്ത് ഭജിച്ച് ചെയ്യിപ്പിക്കണം എന്നാൽ എത് ഹിതമോ അത് ചെയ്യും അപ്പൊ ഭഗവാനെ ഭജിക്കൂ അതാണ് അങ്ങനെയാണ് ഒരു ഗൃഹസ്ഥന്റെ വേറെ ഒരു മാർക്ക് എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് പറഞ്ഞു മക്കൾ ശരിയില്ല അപ്പോ അസുരന്മാരും തന്റെ മക്കളാണ് അവരെ വിളിച്ച് ചീത്ത പറയാമല്ലോ അച്ഛന് അല്ലെ അവരെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കാൻ പാടില്ല മഹാബലി നല്ല ആളാണ് വാസ്തവത്തിൽ വിളിച്ചിട്ട് രാജ്യം ദേവേന്ദ്രന്റെ തിരിച്ചു കൊടുക്കൂ എന്ന് അച്ഛനെ ഓർഡർ ചെയ്യാം അദ്ദേഹം പറഞ്ഞു അത് നമ്മളാളല്ല കസ്യകെ പതിപുത്രാദ്യഹ അവരെടുത്ത് പറയാൻ ഞാൻ ആളല്ല ആരുടെ പ്രാരബം എവിടെയിരിക്കണോ ആര് രാജ്യം ഭരിക്കണം ആര് ചുവട്ടിൽ പോണം ഈശ്വരൻ നിശ്ചയിക്കണം അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയണില്ല ഭഗവാനെ ഭരിക്കാം അതിന് പയോവ്രതം ഉപദേശിക്കാം ആ പയോവ്രതം അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞു പയോവ്രതത്തിനെ ഉപദേശിച്ചു പ്രഥമം മുതൽ ശുക്ലത്രയോദശി പര്യന്തം പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകനം ചെയ്ത് പൂജനം ചെയ്ത് ഇങ്ങനെ ദ്വാദശാഹമചരത്വ ഭക്തിപൂർണ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് ഭഗവാൻ പ്രകാശിക്കും എത്ര എളുപ്പം പന്ത്രണ്ട് ദിവസം ഭഗവാനെ ആരാധിച്ചു അതിഥി എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഗുരു അങ്ങനെയുള്ള അമ്മ അങ്ങനെയുള്ള മഹാത്മാവ് അദ്ദേഹം ഉപദേശിച്ചു ഭജിച്ചു ഭഗവാൻ മുമ്പില് ശംഖചക്ര കഥാപാണിയായി പ്രകാശിച്ചു യേശ യപുരുഷാച്ഛ്യുതീർദ തീർത്ഥശ്രവശ്രവമംഗള നമധേയ ആപന്നലോകൃജിനോപോദയാദ്യ ശംന കൃതീശ ഭഗവന്നസി ദീനനാഥ വിശ്വായ വിശ്വവന സ്ഥിതി സംയമായ സ്വൈര ഗൃഹീതപുരുഷക്തിഗുണ ഭൂമ്രി സ്വസ് ൂർണബോധവ്യത്മതമസേ ഹരയേ നമസ്തേ അങ്ങനെ ഭഗവാൻ മുമ്പിൽ പ്രകാശിച്ചു സ്വസ്ഥായ പൂർണ്ണബോധവ്യപാദിതേ ഹരയേ നമസ്തേ ഭഗവാൻ മുമ്പിൽ വന്ന ഉടനെ ഉള്ളിലുള്ള തപസൊക്കെ നീങ്ങി തൽക്കാലത്തേക്ക് പൂർണബോധ പൂർണ്ണബോധം പ്രകാശിച്ചു ആത്മതമസ് ഉള്ളിലുള്ള ഇരുട്ടൊക്കെ നീ സത്വരജസ്തമോ ഗുണങ്ങളുടെ മറ നീ ആത്മതത്വം പ്രകാശിച്ചു എങ്കിലും കുറച്ചുനേരത്തേക്ക് അത്രേ കുറച്ചുനേരത്തേക്ക് പ്രകാശിച്ചു ദുഃഖിച്ചു നിൽക്കുന്ന അതിഥിയെ നോക്കി ഭഗവാൻ പറഞ്ഞു അമ്മയുടെ ദുഃഖത്തിന്റെ കാരണം എനിക്കറിയാം പക്ഷേ തൽക്കാലം ഞാൻ വിചാരിച്ചാ ഇപ്പോ നരസിംഹമായി അവതരിച്ച് മഹാബലിയുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ഹിരണ്യകശിപ്പു അല്ല അവൻ ബലിർ മഹാത്മാ അതുകൊണ്ട് അവിടെ പോയിട്ട് യുദ്ധം ചെയ്യാനോ അവരോട് ശണ്ട കൂടി അവരെ തോൽപ്പിക്കാനോ ഒന്നും സാധ്യമല്ല അതുകൊണ്ട് ഇന്ദ്രൻ ദേവതകളെ ജ്യേഷ്ഠന്മാരാക്കൊണ്ട് ഞാൻ അവതരിച്ച് മഹാബലിയുടെ മുമ്പിൽ പോയി കൈനീട്ടാം ഭഗവാൻ അതിന് തയ്യാറായി അവിടെ മുമ്പിൽ ചേർന്ന് കൈനീട്ടാം എന്ന് തയ്യാറായി എന്ന് തയ്യാ ഇത് എന്നെ പുത്രനായി ലഭിക്കാനുള്ള ക്ഷേത്രം തയ്യാറാവണം അതുകൊണ്ട് പതിയായ കശ്യപ പ്രജാപതിയെ എന്റെ സ്വരൂപമായി ഭാവന ചെയ്തുകൊള്ള ഒരു യോഗവിദ്യ പറഞ്ഞു പതിയെ ഭഗവത് സ്വരൂപമായി ഭാവന ചെയ്തുകൊള്ളു ഭാവന ചെയ്തുകൊണ്ട് അങ്ങനെ ആ ഗർഭത്തിൽ അതിഥിയുടെ ഗർഭത്തിൽ ഞാൻ ജനിക്കും ഇത് കശ്യപ പ്രജാപതിയോട് പോലും പറയരുത് അപ്പോ അതിഥി വിഷമം കശ്യപ പ്രജാപതിയോട് എങ്ങനെ പറയാതിരിക്കും ഭർത്താവിനോട് ഇതുവരെ ഒരു രഹസ്യവും ഒളിച്ചു വെച്ചിട്ട് എന്നാലും ഭഗവാൻ പറഞ്ഞു കശ്യപ്രജാപതിയോട് പോലും പറയരുത് ശരി പറയണ്ട ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന് കശ്യപ്രജാപതിയുടെ മുമ്പിൽ നമസ്കരിച്ചു നമസ്കരിക്കുമ്പോൾ മനസ്സിങ്ങനെണ്ട് ഭഗവാൻ പറഞ്ഞതൊക്കെ എന്താ സംഭവിച്ചതെന്ന് ഉപദേശിച്ച ഗുരുവിന്റെ അടുത്ത് പറയണ്ടേ അപ്പൊ കശ്യപ്ര കശ്യപ്രജാപതി അതിഥിയോട് ചോദിച്ചു എന്താ അമ്മ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഭഗവാൻ മുമ്പിൽ പ്രകാശിച്ചു അല്ലെ എന്നിട്ട് എന്നെ ഭഗവാൻ ദേവസ്വരൂപമായി ഭാവന ചെയ്യാൻ പറഞ്ഞു അല്ലെ അതിൽ ഭഗവാൻ തന്നെ അവതരിക്കാം എന്ന് പറഞ്ഞുവല്ലേ എന്ന് എല്ലാം ചോദിച്ചു അത്ര അപ്പൊ അതിഥിക്ക് തന്നെ സന്തോഷമായി അദ്ദേഹം സർവജ്ഞനാണ് അദ്ദേഹത്തിന് ഇനിയൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ താ കശ്യപേ തപസി സന്നിധദത്ത പ്രാപ്തോ സി ഗർഭമതിദേഹേ പ്രണു വിദത്ര പ്രാസൂതചക്കട വൈഷ്ണവദിവ്യൂപം സീശ്രവണ പുണ്യദിനേ ഭവന്തം ചിത്തം വിരിഞ്ജസ്തുതകർമ്മ വീദുർബൂ പ്രാദുർബൂ മൃതഭൂ അദിതജക് പിസിനയത്തെമസീർത്തന ശചക്ബാണിയയ പീതരധാരായ താമരക്കണ്ണനായിട്ട് ഭഗവാൻ മുമ്പിൽ ആവിർഭവിച്ചു ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു അഭിജിത് മുഹൂർത്തത്തില് തിരുവോണം നക്ഷത്രത്തില് ദ്വാദശി ദിവസം വിജയാദ്വാദശി എന്നുപേര് വിജയാദ്വാദശി ദിവസം അഭിജിത് മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിക്കെ ആകാശത്തിൽ ശംഖനാദം ദുന്ദുപിനാദം മൃദംഗനാഥം പണവാനകാദികൾ അനേക ഘോഷം മുഴങ്ങി ഋഷികൾ ആകാശത്തുനിന്ന് മന്ത്രം ചൊല്ലി അപ്സരസുകൾ നർത്തനം ചെയ്തു വിദ്യാധരനാദി ഗന്ധർവാദികൾ ഗാനം ചെയ്തു നർത്തനം ചെയ്തു സ്തുതിച്ചു സനഗാദികൾ ജയ ജയ എന്നു ഘോഷം മുഴക്കി അതിഥി തന്റെ മുമ്പില് തന്റെ പുത്രനായിട്ട് ഗർഭസംഭവനായി ആവിർഭവിച്ച ഭഗവാനെ മുമ്പില് കണ്ടു ദൃഷ്ടതിജഗർഭസംഭവം പരം പുമാംസം ഉദമാവിസ്മിത അങ്ങനെ സന്തോഷിച്ചു മുമ്പിൽ കണ്ടു ഗൃഹീതദേഗം നിജയോഗമായ പ്രജാപതിയേതി ജയ ജയേതി വിസ്മിത ആശ്ചര്യപ്പെട്ട് കശ്യപ്രജാപതിയും ജയ ജയാ ജയ ജയാനു ഘോഷം മുഴക്കി അങ്ങനെ വാമനമൂർത്തിയായി ഭഗവാൻ മുമ്പിൽ നിൽക്കണു സുന്ദരമായ രൂപം ഉണ്ട ഉണ്ടയായിട്ട് മുമ്പില് നിൽക്കുന്നുണ്ട് നല്ല ദിവ്യമംഗള രൂപം സ്വർണം പോലെ മിനുന്ന ശരീരത്തോടെ ഉയരം കുറഞ്ഞ രൂപമായിട്ടും ദമ്പരനായിട്ടും മുമ്പിൽ നിൽക്കണുണ്ട് അങ്ങനെ വാമനമൂർത്തിയെ കണ്ട് ആര് സന്തോഷിച്ചു എന്നുവെച്ചാൽ കൃഷ്ണാവതാരത്തിൽ ഗോപികകൾ ഇവിടെ മുനികൾ സനകസനന്ദനാദി മുനികളൊക്കെ കണ്ട് തമ്പതും വടും വാമനം ദൃഷ്ട മോദമാനാ മഹർഷയ മഹർഷികള് സന്തോഷിച്ചു എന്നാണ് പുണ്യാശ്രമം തമഭിവർഷീ പുഷ്പവർഷീ വാമനമൂർത്തി അവതരിച്ചതോടെ ചെറിയൊരാശ്രമമാണ് വലിയ ബംഗളാവൊന്നുമില്ല ഒരു ചെറിയ കുടിലും ആ കുടിലും ആ പരിസരം മുഴുവൻ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി വീണു എന്നറിഞ്ഞു അത്രയും പുണ്യാശ്രമം തദഭിവർഷതി പുഷ്പഷൈ ഹർക്കുലേ സുരകുലേ കൃതൂര്യഘോഷേ ബദ്വഞ്ജലി ജയ ജയേതി നു പിതൃവ്യം ത്വം തക്ഷണേ പടുതമം വടുരുപമാധ പെട്ടെന്ന് ബ്രഹ്മചാരീടെ വേഷത്തിൽ അങ്ങനെ നിന്നു താവത് പ്രജപതി മുഖൈ ഉപനീയ മൗഞ്ജീദദാജിനാക്ഷവലയാദിവിരക്ഷ്യമാന ദേദീപ്യമാന വപുരീശ അവിടെ ഭഗവാൻ അങ്ങനെ നിൽക്കുന്നു വേഗം പൂണോലിട്ടുകൊടുത്തു ഭഗവാൻ ബൃഹസ്പതി ബ്രഹ്മസൂത്രം പൂണോല് കൊടുത്തു പ്രജാപതിയെ പൗരോഹിത്യം വഹിച്ചു ഗായത്രി മന്ത്രം സാക്ഷാത് സവിതൃദേവത തന്നെ വന്ന് ഭഗവാന് ഗായത്രി മന്ത്രം ഉപദേശിച്ചു മുഞ്ചപ്പുല്ല് കെട്ടിക്കൊടുത്തു കശ്യപ പ്രജാപതി മുഞ്ഞുല്ല് കെട്ടിക്കൊടുത്തു മാൻതോലുകൊടുത്തു ഭൂമി ബ്രഹ്മചാരി പിടിക്കേണ്ട പലാശദണ്ഡം ചന്ദ്രൻ കൊടുത്തു ഇനി ദിഗംബരനായിട്ട് നടക്കരുത് ബ്രഹ്മചാരിയല്ലേ അതിഥി അമ്മ തന്നെ കുട്ടിക്ക് ഭംഗിയായിട്ടൊരു കുമ്പാള കോണ കൊടുത്തു കൊടുത്തു അങ്ങനെ ആ കൌപീനവും കൊടുത്ത് സന്ധ്യാവന്തനം ചെയ്യാൻ കമണ്ടലു വേണം ബ്രഹ്മാവ് കമണ്ടലു കൊടുത്തു കമണ്ടലും വേദഗർഭ ജപിക്കാൻ ജപമാല വേണം സരസ്വതീദേവി ജപമാല കൊടുത്തു സപ്ത ഋഷികള് കൊടുത്തു സമിതാദാനാദികൾ ചെയ്യാനായിട്ട് ദർഭ കൊടുത്തു തസ്മാത്യുപനീതായ യക്ഷരാട്ടിക മദാദ് വശക്കണോ ഭിക്ഷ എടുക്കണോ ഭിക്ഷയെടുത്ത് ആഹാരം കഴിക്കണം അപ്പൊ ഭിക്ഷാപാത്രം കുബേരൻ കൊടുത്തു എന്നിട്ട് ജഗതീശ്വരനായ ജഗന്നാഥനായ പ്രഭു ഒരു വീട്ടു മുമ്പിൽ ചെന്ന് ഭവതി ഭിക്ഷാന്ഹി എന്ന് ചോദിക്കുമ്പോ കൊണ്ട് കൊടുക്കാൻ കേൽപ്പുള്ള ഒരാള് വേണം ഭവതി ഭിക്ഷാന്ഹി എന്ന് ചോദിക്കുമ്പോ മുമ്പില് കൊണ്ടു വർഷിക്കാൻ ഒരാള് വേണം ശക്തിയുള്ള ഒരാള് വേണം ഭിക്ഷാം ഭഗവതീ സാക്ഷാ ഉമാദ് അംബികാസതീ നിനന്ദകരീ വരാഭയകരീ സൗന്ദര്യത്നകരീ നിർദൂതഖിളോരനികരീ പ്രത്യക്ഷമാഹേശ്വരീ പ്രേേയാചലവംശപനഗരീ കൂരാധീശ്വരീ ഭക്ഷേ ഭിക്ഷാ ദേഹാവലംബനകരീ മാതൂർണേശ്വരീ അന്നപൂർണേ സദാർണേ ശങ്കവൈരാധ്യം അംബികാദേവി ഉമാദേവി പാർവതിദേവി ഭിക്ഷ കൊടുത്തു അങ്ങനെ ഭിക്ഷവാങ്ങിക്കഴിച്ച് കൃതാഗ്നി കാര്യ സമിതാദാനം ചെയ്തു സമിതാദാനം ചെയ്ത് പട്ടക്കൊട ആകാശമേ കൊടുത്ത പട്ടക്കൊട കൗവീനാച്ഛാദനം മാതാ ദ്യം ജഗതഃ പദേ ആകാശമാവുന്ന കൊടയും വിടിച്ച് ഭഗവാൻ അങ്ങനെ കമണ്ഡലവും എടുത്ത് നടക്കൊണ്ടു എവിടേക്കാ ദാനം വാങ്ങണം ദാനം എവിടെ പോയി വാങ്ങും അരകുറകളുടെ അടുത്ത് വാങ്ങരുത് വാങ്ങിയാൽ അഞ്ചു പൈസ പാത്രത്തിലിട്ട് പറഞ്ഞേക്കും അപ്പൊ വാങ്ങുകയാണെങ്കിൽ അതുപോലെ യോഗ്യത ഉള്ളവരുടെ അടുത്തുനിന്ന് വാങ്ങണം അപ്പൊ ആരുടെ അടുത്ത് വാങ്ങണം എന്ന് വെച്ചാൽ കൊടുക്കാൻ കെൽപ്പുള്ള ഒരാളുണ്ട് നർമ്മദാ നദിക്കരയില് മഹാബലി അശ്വമേധയാകാൻ ചെയ്യണം ശുക്രാചാര്യരെ മഹാബലിക്ക് കിട്ടിയ ഐശ്വര്യം ഒന്നും പോരാ ഗുരു എന്ന് വെച്ചാൽ അങ്ങനെ ശിഷ്യനെ മേലെ കയറ്റാം അപ്പൊ ഇനിമേലെ ചോട്ടലു വീഴരുത് മഹാബലി അപ്പൊ അതുപോലെ മുകളിൽ കയറ്റണം എന്ന് പറഞ്ഞ് അശ്വമേധം ചെയ്യിപ്പിക്കാണ് അങ്ങനെ അശ്വമേധം ചെയ്യുമ്പോ നർമ്മദാനദിയുടെ തീരത്തില് അശ്വമേധ യാഗശാലയിലേക്ക് നടന്നു അങ്ങനെ കമണ്ടലവും പിടിച്ച് പട്ടക്കുടയും പിടിച്ച് നടക്കണു ഭഗവാൻ പുറകേന്ന് നോക്കിയാൽ കൊട നമുക്ക് ഇങ്ങനെ കാണാം വാമനമൂർത്തിയെ കാണില്ല കൊട കാണാം കൊടയുടെ ചോട്ടിൽ ചെറിയ കൊച്ചു കാലുകൾ രണ്ടു കാലുകളും കാണും അത്രേ കാണൂ അങ്ങനെ ഗാം സന്നമയൻ പദേ പദേ ഗാത്രേണ വാവിമഹിമോചിതഗൗരവം പ്രാക് വ്യവൃണ്വധരണീം ചലയീ ഛത്രം പരോക്ഷ്മരണാർത്ഥമോ ദം ചാനവജനേഷ്വ സന്നിധാത്തും തന്റെ കയ്യിൽ കൊടയും പിടിച്ച് അസുരന്മാരുടെ മേലെ പ്രയോഗിക്കാൻ എന്ന ഒരു വടിയും കയ്യിലെടുത്ത് കൊട മറ്റുള്ളവരുടെ ചൂട് മേലെ ഏൽക്കാതിരിക്കാൻ എന്ന പിടിച്ച് തന്റെ തേജസ് പുറത്ത് കാണിക്കാതെ താം നിർമ്മദോത്തരതേ ഹയമേധശാലം ആസേ ദുഷിത്വരുചാ തവരുദ്ധനേത്രേത്രീ ിമേശ ദഹനോനു സനത് കുമാരോഗുക്രമുഖീശങ്കയിലേക്ക് കയറി ജട്ടിലം വാമനം വീക്ഷ്യ മായാണവകം വിപ്രം മായാണവകം ഹരി മായാണവകനായി ഭഗവാൻ നർമ്മദാ നദിക്കരയിലുള്ള യജ്ഞശാലയിലേക്ക് കയറിയതോടുകൂടെ ഋഷികളൊക്കെ എഴുന്നേറ്റുന്നു യാഗശാലയിലുള്ളവരൊക്കെ എഴുന്നേറ്റുന്നു ശുക്രാചാര്യൻ ഇങ്ങനെ നോക്കി സാമാന്യപ്പെട്ട ആളല്ല അദ്ദേഹം ഇങ്ങനെ നോക്കി ഇതാരായത് ഭാസ്വാൻ കിമേഷ സൂര്യനാണോ ദഹനോ അഗ്നിയാണോ മൂന്നുപേരക്കേ ഇങ്ങനെ തേജസ് ഉണ്ടാവാൻ വഴിയുള്ളൂ ഒന്നിലും സൂര്യൻ അല്ലെങ്കിൽ അഗ്നി സനത്കുമാറ സനത് കുമാർ മഹർഷിയാണോ അല്ല വേറെ ഏതെങ്കിലും യോഗിയാണോ ഇത് ശുക്രമുഖൈ ശശങ്കേ ശുക്രാചാര്യർ തലയിൽ നോക്കി ജട്ടിലം ജിരിക്കും എന്തിനാ ജട ശുക്രാചാര്യരെ നോക്കി പിടികിട്ടിയില്ല എല്ലാ വേഷവും മാറ്റിയിട്ടുണ്ട് വാമനം ആളുകുള്ളം ആജാനുബാഹു സുശിരാഹ സുലാട സുവിക്രമ രാമായണത്തിൽ അങ്ങനെ വന്നു ഇവിടെ കൊള്ളം ജട്ടിലം വാമാനം വിപ്രം അവിടെയൊക്കെ ക്ഷത്രിയനായിട്ട് വന്നു ഇവിടെ വിപ്രം ബ്രാഹ്മണനായിട്ട് മായാ മാണവകം ബ്രഹ്മചാരിയായിട്ട് ഹരി ഹരിയായിട്ട് കാണുന്നവരുടെയൊക്കെ ചിത്രം ആകർഷിക്കുന്നവനായി ആശു ഭൃഗവിഹി മഹാസഭാ അവിടെ ശുക്രാചാര്യർക്ക് അറിയാത്തതാണോ അദ്ദേഹം വിളിച്ചു കൊണ്ടുവന്നു സഭയിൽ കൂട്ടിക്കൊണ്ടുവന്നു അകത്തേക്ക് മഹാബലി പരമവിനയത്തോടെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് വാദപ്രക്ഷാളനം ചെയ്തു സ്വാഗതം തേ സ്വാഗതം തേ നമസ്തുഭ്യം േ ആവലിയുടെ ഹൃദയത്തിന് മനസ്സിലായി പുറമേക്ക് ബുദ്ധി കൊണ്ട് ആരാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മിം കരവാമത്തെ ബ്രഹ്മർഷീണ തപസ്സാക്ഷാ മന്യേ ര്യവപുർധരം അദ്യതൃപ്ത അധ്യനപാവിതം കുലം അധ്യസ്വിഷ്ട്രം യദ്ഭവാനാഗതോ ഗൃഹാന് ബ്രഹ്മന് അങ്ങയ്ക്ക് സ്വാഗതം അങ്ങയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബ്രഹ്മ ഋഷികളുടെ തപസ് മുഴുവൻ മൂർത്തി ഭവിച്ചു വന്ന പോലെ ഉണ്ട് എന്റെ പിതൃക്കളൊക്കെ ഇന്ന് മുക്തി നേടിയിരിക്കുന്നു എന്റെ കുലം പരിശുദ്ധമായി ഈ യജ്ഞം ഇന്നോടെ സമാപ്തം ഇനിയിപ്പോ നടന്നാൽ എന്താ നടന്നില്ലെങ്കിൽ എന്താ അധ്യനഹ സ്വിഷ്ടഹ ക്രതുഹു അയം യത് आगतो, ആഗതോ ഗൃഹാൻ എന്തറിഞ്ഞിട്ട ഇന്ന് അഗ്നികളൊക്കെ ഹോമിക്കപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് യജ്ഞഭംഗമൊന്നും മഹാബലിക്ക് പ്രശ്നമല്ല ഭഗവാനെ കണ്ടപ്പോഴേ ഉള്ളിന്റെ ഉള്ളിൽ അറിഞ്ഞു പുറമേക്ക് അറിഞ്ഞില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്താ ബ്രഹ്മജ്ഞാനി ഇന്ന് അഗ്നികളൊക്കെ ശരിക്കും ഹോമിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുവോ ബ്രാഹ്മണർക്കൊക്കെ ഭോജനം ചെയ്ത് കഴിഞ്ഞു ഇതിന്റെയൊക്കെ ലക്ഷ്യം ഈശ്വരപ്രാപ്തി യാഗം തുടങ്ങുന്നതിന് മുമ്പേ ഈശ്വരം വന്നാൽ പിന്നെ യാഗം എന്തിനാ യാഗത്തിന്റെ ഈ യജ്ഞത്തിന്റെ ഒക്കെ ലക്ഷ്യം ഭഗവത് പ്രാപ്തി ഇത് തുടങ്ങുമ്പോഴേ വന്നു നിൽക്കണു അപ്പൊ പിന്നെ എന്തിനാ ഇതൊക്കെ എല്ലാ പാപങ്ങളും പോയിരിക്കുന്നു ഹതാംഹോ തീത അങ്ങയുടെ പാദം കൊണ്ട് ഇവിടെയൊക്കെ ശുദ്ധമായി ഒരു ക്ഷണനേരത്തേക്ക് അടുത്ത ക്ഷണനേരം ആയ ഒന്ന് മറച്ചു മഹാബലിയെ മഹാബലി പറഞ്ഞു എന്താ വേണ്ടതോ ചോദിച്ചോളാം ബ്രാഹ്മണനല്ലേ ദാനം വാങ്ങിക്കാനല്ലേ പശു വേണോ ഗ്രാമം വേണോ വിപ്രകന്യകയെ വേണോ സമ്പത്ത് വേണോ എന്താ വേണ്ടത് അർത്ഥിനം ത്വാമഹം തർക്കയെ എന്തോ ചോദിക്കാമെന്നതുപോലെ തോന്നുന്നു ചോദിച്ചോളാം എന്ന് പറഞ്ഞു ഭഗവാൻ മഹാബലിയെ പ്രേമപൂർവം നോക്കി പ്രഹ്ലാദവംശജതയാം ക്രതുബിർദ്വിജേഷൂ വിശ്വാസോനു തിതിച്ചോഭിലേപേ യത്തെ പദംബുഗിരിശ്യിരോഭി സിഭോ ഗുരുപുരാളയ പാല പ്രീയാ ദൈക്വ തേക്ഷണമാരാധ്യൻ അജിത അഞ്ജലിം സഞ്ജക ഭഗവാനെ അജിതൻ എന്ന് വിളിച്ചു ആർക്ക് ഭഗവാൻ അജിതൻ എന്ന് വെച്ചാൽ ഭഗവാനെ ആര് പിടിക്കണം എന്ന് വിചാരിക്കുന്നു അവർക്ക് ഭഗവാൻ അജിതൻ അമൃതമഥനം കൊണ്ട് പലവട്ടം നഷ്ടപ്പെട്ടു അമൃതം പക്ഷേ ഇവിടെ മഹാബലി ഭഗവാനെ ജയിക്കാൻ പോകണു ഭഗവാന് മേലെ താഴെ ജയിച്ചില്ല ഭഗവാന് തന്നെ വഴങ്ങിക്കൊടുത്തപ്പോ ജയിച്ചു ഇതൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിൽ അജിതരചയൻ അഞ്ജലി സഞ്ചാദ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു മത്തക്കിം തേ സമഭിലിതം വിപ്രസൂനോ വിം ഭവനമവനീം പ്രദാസ്യേ സർവം പ്രദാസ്യേ എന്തു വേണമെങ്കിലും ചോദിക്കൂ തരാം മുഴുവൻ തരാന്നോ എന്തു ചോദിച്ചാൽ തരാം ഭഗവാൻ പറഞ്ഞു എത്ര ഉയർന്ന കുലത്തിൽ ജനിച്ചവണ് പ്രഹ്ലാദ കുലം അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നതിൽ ആശ്ചര്യമേ ഇല്ല എനിക്കധികമൊന്നും വേണ്ട മൂന്നേ മൂന്ന് മണ്ണ് അടി അതും എന്റെ കാലുകൊണ്ട് അളന്ന് മൂന്നടി മണ്ണ് വേറെ ഒന്നും വേണ്ട സർവം തരൂ എന്ന് ചോദിക്കേണ്ട മൂന്നേ മൂന്ന് മണ്ണ് തന്നാൽ മതി ഒന്നും ഞാൻ ആഗ്രഹിക്കണില്ല ുപാകുപൂർ കാരുണ്പൂർണോപ്പി അസോത്സേകം ശമയു മന ദൈത്യവശ്യൻ ദൈത്യവശത്തിനുസ്തുതിഷു ഭൂമി പാദത്രയ പരിതം പ്രമാസി ത സർവം ദേഹി തുണികം എല്ലാം തരുമെന്ന് പറഞ്ഞാൽ എല്ലാരും ചിരിക്കില്ലേ തന്റെ കയ്യിലുള്ളതൊക്കെ തരുമെന്ന് പറഞ്ഞാൽ മാനക്കെട് അതുകൊണ്ട് മൂന്നേം മൂന്നാണ്ടായി അടി മണ്ണ് മതിയുന്നു എന്തൊക്കെയാ വേണ്ടത് എനിക്കൊന്നും വേണ്ട ഈ പത്രത്തിലൊന്നും ഒപ്പിട്ട് തന്നാ മതി ഒപ്പിട്ട് കൊടുത്തപ്പോ സകല പോയി അതുപോലെയാണ് ഇത് ഏർപ്പാട് ഒന്നുമേ വേണ്ട ഉപ്പ് ഒരു മഷി മാത്രമേ ചെലവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ മൂന്നേ മൂന്നടി മണ്ണ് അപ്പൊ മഹാബലി ഉറക്ക ചിരിച്ചു ചിരിച്ചുകൊണ്ട് മഹാബലി പറഞ്ഞു വിശ്വേഷം മാം ത്രിപദമഹകിം യാചസേ ബാലിശസ്വം സർവാം ഭൂമിം വൃണു കിമുനേ ത്യാലത്വാം സദൃപ്യൻ മഹാബലിയുടെ ഉള്ള അറിയണോ തോന്നുന്നു മഹാബലി പറയണു ഞാൻ വിശ്വേശൻ വിശ്വത്തിന് മുഴുവൻ പ്രഭു അങ്ങനെയുള്ള എന്റെ അടുത്ത് വന്നിട്ട് മൂന്നടി മണ്ണ് ചോദിക്കുകയാണ് സർവസ്വം ചോദിക്കൂ തരാം ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞില്ലേ ദ്വീപദാശൂഷം ഒരു ദ്വീപയെ ചോദിച്ചാ തരാലോ പറഞ്ഞു എന്തിനു കുറയ്ക്കണം സർവസ്വം കൊടുക്കാം മഹാബലി കൊണ്ട് പറയിപ്പിച്ചു എന്താ എന്തു വേണമെങ്കിൽ തരാം ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു ഇവരൊക്കെ സമ്പദ് സമ്മദ് നേടിയത് ഞാൻ കൊടുത്തിട്ടാണ് അപ്പൊ തനിക്ക് എന്ത് വേണമെങ്കിൽ എന്റെ അടുത്ത് വന്ന് മൂന്നടി മണ്ണോ ബാലിഷഹ ബാലിശൻ തനിക്ക് ജീവിക്കാൻ അറിയില്ല കിട്ടണ സമയത്ത് ചുരുട്ടണ്ടേ ആദ്യം പഠിക്കണത് അതാണ് സ്കൂളിൽ പോയി പഠിക്കുന്നതിന് മുമ്പേ ആരെങ്കിലും കിട്ടിയാൽ സമയം നോക്കി ചുരുട്ടണം അതല്ലെങ്കിൽ എങ്ങനെ ഈ ജീവിക്കാൻ പോണു ഈ ലോകത്തില് അപ്പോ അറിവില്ലാത്ത കുട്ടി അറിവുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചു ത്വം ബാലിഷഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി പ്രജയിലുള്ളവരൊക്കെ ചിരിക്കണം സദസ്സിലുള്ളവർ ചിരിക്കണം പക്ഷെ ഒരേ ഒരാൾ മാത്രം ആ ഗൗരവം വായിൽ രണ്ടു കുഴക്കെട്ട ഇട്ട പോലെ ഇരിക്കുന്നുണ്ട് ശുക്രാചാര്യർ അപ്പൊ തന്നെ മഹാബലിക്ക് മനസ്സിലാക്കി എന്തോ കുഴപ്പമുണ്ടെന്ന് ഭഗവാനോ പരമശാന്തമായിട്ട് പറഞ്ഞു മൂന്നടി മണ്ണ് കൊണ്ട് തൃപ്തിപ്പെടാത്ത ആള് മൂന്ന് ലോകം കിട്ടിയാലും തൃപ്തിപ്പെടില്ല എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടില്ല അതുകൊണ്ട് എനിക്ക് മൂന്നടി മണ്ണ് മതി യെസ്മാർപ്പാത് മഹാബലി പറഞ്ഞു എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടേ നാളെ വേറെ ആരുടെ അടുത്തും പോയി യാദിക്കരുത് ചോദിച്ച അവര് പറയും മഹാബലിയുടെ അടുത്ത് യാദിച്ച ആളാണ് ഇതാ എന്റെ വീട്ടിൽ വന്ന് അരി ചോദിച്ചതെന്ന് പറയാൻ പാടില്ല ഭഗവാൻ പറഞ്ഞു ഇനി അങ്ങനെ ചോദിക്കില്ല തഥാ വസ്തു അതത്രേ ചോദിക്കല് ഗോപസ്ത്രീകളുടെ വീട്ടിൽ പോയി കട്ടത് ചോദിക്കാൻ പാടില്ലേ അതുകൊണ്ട് ആ കൃഷ്ണാവതാരത്തിൽ മഹാബലിക്ക് വരം കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല വെണ്ണ തരൂന്ന് ചോദിക്കില്ല അതുകൊണ്ടാണ് ചാരുണാ ചോരണേന് മമഖലു ബലികേ ഹെ യാചനം പൂർവമാസ്തം മഹാബലിയുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ച ആൾ ഈ പെണ്ണങ്ങളുടെ മുമ്പിൽ പോയി കൈനീട്ടേറ്റേ മഹാമോശം ചോദിക്കില്ല എന്താണ് അയാ ചാരുണാ ചോരണേന കക്ക എനിക്ക് മൂന്നടി മണ്ണു മതി മഹാബലിക്ക് ഇപ്പോഴേ ഒരു ശാന്തിയുണ്ട് തത്വജ്ഞാനത്തിന്റെ ശാന്തി ഇനി ജീവൻ മുക്തിയുടെ ശാന്തി മഹാബലിക്ക് വരണം അതിനായിട്ട് ഭഗവാൻ ചെയ്തു മഹാബലി പറഞ്ഞു ഞാൻ സർവസ്വവും തരാം പാദത്രെയ്യായതിനുദിതോ വിഷ്ടിതുഷ്യേദിത്യുക്തസ് വരദപദേതുഗാമേധം ദൈത്യാചാര്യ തവ ഖലു പരീക്ഷാർത്ഥി പ്രേരണ മാതി വ്യക്തമേവാ ദൈത്യാചാര്യനായ ശുക്രാചാര്യൻ മഹാബലി ഒരു ഓരത്തിൽ വിളിച്ചു ഒരു മുക്കല് വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു മഹാബലി വേണ്ട കൊടുക്കണ്ട വന്നിരിക്കണത് സാക്ഷാത് ഹരിരയം വന്നിരിക്കണത് ഹരി സർവസ്വവും പരച്ചെടുത്ത് ഇന്ദ്രന് കൊടുക്കും വേണോ ഞാൻ പിന്നെ എന്തു ചെയ്യണം ഏ തരാന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയൂ അങ്ങനെ പറയാവോ വിവാഹത്തിന്റെ കാര്യത്തിൽ കള്ളം പറയാം സ്ത്രീകളുടെ അടുത്ത് കള്ളം പറയാം തമാശന് കള്ളം പറയാം പ്രാണസങ്കടം വരുമ്പോൾ കള്ളം പറയാം ഇതൊക്കെ ശുക്രാചാര്യരുടെ നീതി മഹാബലി പറഞ്ഞു ഭഗവാനെ എനിക്ക് ഈ ഫിലോസഫി വേണ്ട പൂർണ്ണം അഭ്യാത്മം അഭ്യാത്മം എന്ന് വെച്ചാൽ മറ്റുള്ളവരിന്റെ സ്വത്ത് അവനെ അറിയാതെ നമ്മളുടെ പാക്കറ്റിലേക്ക് വരാനുള്ള വഴി അത്രയത് മഹാബലി പറഞ്ഞു എനിക്കത് വേണ്ട പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു കൊണ്ട് ഈ ഏർപ്പാട് എനിക്ക് വേണ്ട പ്രഹ്ലാദി ഹി കിതോയത പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു കൊണ്ട് കാപ്പ്യം കാണിക്കാൻ ഞാനില്ല എനിക്ക് നരകം പേടിയില്ല മരണത്തിനെ പേടിയില്ല എത്ര വലിയ അപകടവും ഞാൻ ഭയപ്പെടുന്നില്ല പക്ഷെ കള്ളം പറയാൻ വയ്യ ശുക്രാചാര്യർ ശപിച്ചു എല്ലാം നഷ്ടപ്പെടുന്നു ശപിച്ചു വരാൻ പോണതല്ലേ അറിയാം വന്നിരിക്കുന്നത് ഹരിയാണെന്ന് കണ്ടുകഴിഞ്ഞു അതും ഒരു പരീക്ഷണം വ്യാജധർമ്മം പറഞ്ഞു നോക്കണം അപ്പൊ അത് കേട്ടില്ല നേരെ പോയി ശുക്രാചാര്യര് പറഞ്ഞിട്ടും കമണ്ടലു വെള്ളമെടുത്തു വിന്ധ്യാവലി അടുത്തു വന്ന് പരമഭക്തിയോടെ ഒഴിച്ചു കൊടുത്തു മഹാബലി അങ്ങനെ മൂന്നടി മണ്ണ് ഭഗവാൻ ഒഴിച്ചു കൊടുക്കുമ്പോ മഹാബലി പറഞ്ഞു കുടുക്കുയാജത്യേവതി സഗവാൻ പൂർണ്ണ കാമോസ് സോഹം ദാസയാമ്യ സ്ഥിരമതി വന്ന കാവ്യശ്ദോ ദൈത്യ വിന്ധ്യവലിജത്തവാദ്യയതുഭ്യം ചിത്രം ചിത്രം സകലപിസ പ്രാർപ്പയത്ോയപൂർവം അത്യദ്ഭുതം താനെല്ലാം നഷ്ടപ്പെടാൻ പോണു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിന്ധ്യാവലി വെള്ളം ഒഴിച്ചു കൊടുത്തു സന്തോഷമായി കൊടുത്തു ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി മഹാബലിയുടെ മേലെ വാമനമൂർത്തിയുടെ മേലെയല്ല മഹാബലിയുടെ മേലെ പുഷ്പവൃഷ്ടി നിസ്സന്ദേം തദ്ദേ യാതന്വേ മുമുച്ചു ഋഷയ സമരാ പുഷ്പവർഷ ദിവ്യം റൂപം തവ ജ തദം പശ്യതാ വിശ്വഭാജ ഉച്ചൈരുചൈ അമൃതവധി വിശ്വാണ്ഡബാഡം ബ്രഹ്മാണ്ടത്തിനെ മുഴുവൻ അവധിയാക്കിക്കൊണ്ട് ൊണ്ട് തദ്വാമനം ൂപമവർദ്ധതാദ്ഭുതം ഹരേ അനന്ത ഗുണത്രയാത്മകം സർവചരാചരങ്ങളെയും വ്യാപിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ വളർന്നു നിന്നു സർവത്ര നിറഞ്ഞു നിന്നു ഇനി ഒരു സ്ഥലം ബാക്കിയില്ലാതെ സർവലോകങ്ങളും അതിക്രമിച്ചു നിന്നു സംക്രാന്തനായിട്ട് ത്രിവിക്രമനായിട്ട് ഭഗവാൻ അങ്ങനെ ഭൂഹുഖം ദിശ ദ്യൗഹു വിവരാഹ പയോധയ സർവചരാചരങ്ങളും വ്യാപിച്ച് രണ്ടടി കൊണ്ട് സർവ്വവും അടഞ്ഞു ഒരടി സത്യലോകത്തിലെത്തി ബ്രഹ്മാവ് ആ പാദം പ്രക്ഷാളനം ചെയ്തു പാദത്തിൽ നിന്ന് ഗംഗയൊഴുകി മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാ വരുണോപാശം കൊണ്ട് മഹാബലിയെ ബന്ധിച്ചു നിർത്തി ബന്ധിച്ചു നിർത്തിയപ്പോൾ അസുരന്മാര് വാമനമൂർത്തിയെ ആക്രമിക്കാനായി പുറപ്പെട്ടു മഹാബലി പറഞ്ഞു കാലപുരുഷൻ വന്നിരിക്കുന്നു ആർക്ക് ജയിക്കാൻ പറ്റും അതാണ് ജ്ഞാനത്തിന്റെ ലക്ഷണമേ മഹാബലി പറഞ്ഞു കാലപുരുഷൻ വന്നിരിക്കണു ആർക്ക് ജയിക്കാൻ പറ്റും തപസ്സുകൊണ്ടോ ബലം കൊണ്ടോ റിവ് കൊണ്ടോ സാമം ദാനം ഭേദം ദണ്ഡം മുതലായ ഉപായങ്ങൾ കൊണ്ടോ മന്ത്രം കൊണ്ടോ ഔഷധം കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ ഒന്നുകൊണ്ടും കാലം ഞാത്തേതി വൈജന ഈ അസുരനുള്ള ബുദ്ധി സാമാന്യ മനുഷ്യനില്ലല്ലോ മഹാബലി പറയണു ഇതൊന്നും കൊണ്ടും കാലം വരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാലത്ത് നമുക്ക് എല്ലാം പ്രഭു തന്നുവോ ആ പ്രഭുവേ ഇപ്പെല്ലാം എടുത്തോണ്ട് പോകണം അവൻ തരുമ്പ് കൈനീട്ടി വാങ്ങിച്ചില്ലേ എടുത്തോണ്ട് പോകുമ്പോൾ സന്തോഷിക്കണം തന്നു ഇത്രകാലം നിന്നതേ വലിയ കാര്യം എല്ലാം എടുത്തുകൊണ്ട് പോകുമ്പോ സന്തോഷിക്കണം അവന്റെ കളിയാണേ അവിടും അങ്ങടും ഇങ്ങടും കൊടുത്തോണ്ടിരിക്കും വാങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ ഇപ്പൊ തന്നു ഇപ്പൊ അവനെ എടുത്തോണ്ട് പോകണു സന്തോഷിക്കണം കോപിക്കരുത് സങ്കടപ്പെടരുത് കാല പുരുഷനാണ് വന്നിരിക്കണത് എല്ലാരെയും അവനൊരു ദിവസം അവസാനിപ്പിക്കും ചെറുതായിട്ട് വരും വളർന്ന എല്ലാം എടുക്കും എങ്ങനെ വരണൂന്ന ചെറിയ രൂപത്തിൽ ഉള്ളില് നുഴഞ്ഞു കയറും എന്നിട്ട് ഉള്ളതൊക്കെ വഴുങ്ങിക്കളയും സർവസ്വവും എടുത്തു അപ്പൊ ഈ കാലപുരുഷനെ എങ്ങനെ നേരിടണം മഹാബലിയുടെ മുമ്പിലും ഹിരണ്യകശിപുവിന്റെ മുമ്പിലും ഒരേ കാലപുരുഷനാണ് വന്നത് ഹിരണ്യകശിപു കാലപുരുഷനാണെന്ന് അറിഞ്ഞിട്ടും നിഹന്മ്യമും എന്ന് പറഞ്ഞുകൊണ്ട് ചാടി കാലപുരുഷൻ പിച്ചി കളഞ്ഞു മഹാബലിയുടെ മുമ്പിലും അതേ കാലപുരുഷനാണ് വന്നത് മഹാബലിയുടെ ഭാവം നോക്ക ഭഗവാൻ മൂന്നാമത്തെ അടിക്ക് സ്ഥലം എവിടെയെന്ന് ചോദിച്ചപ്പോ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഈ അസുരൻ പറഞ്ഞു യദ്ശ്ലോക അവിടുന്ന് എനിക്ക് ഗുരു അമ്മ അച്ഛൻ ബന്ധുക്കള് ഒക്കെ നമുക്ക് ഉപകാരം ചെയ്യുമ്പോൾ പല വസ്തുക്കളും വാങ്ങിച്ചു തന്ന് നമ്മളെ സന്തോഷിപ്പിക്കും പക്ഷെ ഭഗവാൻ ഉപകാരം ചെയ്യുമ്പോൾ കയ്യിലുള്ള വസ്തുക്കളെയൊക്കെ പറിച്ചെടുത്ത് ആനന്ദിപ്പിക്കും തന്നിട്ടുള്ള സന്തോഷം എത്ര തന്നാലും തീരില്ല പിന്നെയും കിട്ടണം എന്ന് തോന്നും എടുത്തിട്ട് തരുന്ന ആനന്ദം പൂർണം അതൊരിക്കലും അല്പമല്ല അപ്പൊ ഭഗവാൻ എല്ലാത്തിനെയും എടുത്തുകൊണ്ടുപോയി തത്വബോധം ചെയ്യുന്നു ഇതൊന്നും തന്റേതല്ല ശരീരമടക്കം തന്റേതല്ല ശരീരം ഞാനല്ല ശരീരം എന്റേതല്ല ശരീരം എനിക്ക് വേണ്ടതല്ല എന്നറിഞ്ഞാൽ ശരീരത്തിന്റേതായ വസ്തുക്കളൊന്നും തന്റേതുമല്ല തനിക്ക് വേണ്ടതു അല്ലാന്ന് അറിഞ്ഞാൽ അതൊക്കെ പ്രകൃതിയുടെ ആണെന്ന് അറിഞ്ഞാൽ സ്വന്തം തോന്നില്ല സ്വത്വം തോന്നില്ല അപ്പൊ അത് പോകുമ്പോഴും ദുഃഖം തോന്നില്ല വരുമ്പോ സന്തോഷവും തോന്നില്ലെങ്കിൽ പോകുമ്പോ ദുഃഖവും തോന്നില്ല യാതൊരു വിധത്തിലും ബന്ധപ്പെട്ട് നമ്മളുടെ ആവുമ്പോഴേ ഉള്ളൂ വിഷമം ട്രെയിനിൽ പോകുമ്പോൾ ആരുടെയോ പട്ടി ആരുടെയോ സൂട്ട് കേസ് എടുത്തു പുറത്തെറിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കോ നമ്മൾ ദുഃഖിക്കോ യാതൊന്നുമില്ല ആരുടെയോ വസ്തു പോയിന്ന് അത്ര വേണമെങ്കിൽ റിമാർക്ക് നമ്മൾ നമ്മളുടെ വസ്തു പോകുമ്പോഴാണ് ദുഃഖം ഏർപ്പെടുന്നത് ഇതിൽ മമത പറ്റിക്കടന്നിട്ടാണ് ദുഃഖത്തിന് കാരണം മഹാബലി പറഞ്ഞു ഭഗവാനെ ത്വംനഹാ അസുരാണാം പാരോക്ഷ്യ പരമോ ഗുരുഹു പരോക്ഷമായിട്ട് അവിടുന്ന് പരമാചാര്യം ഈ ഒരു തത്വം ആര് പഠിപ്പിക്കും വേറെ ആര് ചൊല്ലി തരും അതുകൊണ്ട് പ്രഭു സർവസ്വവും ഞാൻ തന്നിരിക്കണമെങ്കിലും ഇനി ഒന്നുകൂടെ തരാനുണ്ട് ഈ തന്നതൊക്കെ എന്റെയാണോ ഈ രാജ്യം എന്റെയാണോ എന്റെ അല്ല വെറുതെ എന്റെ എന്ന് ഈ മുറുക്ക് ചുറ്റണ സമയത്ത് മുറുക്ക് മാവ് കൊണ്ട് തന്നെ ഒരു ഗണപതി വെക്കും എന്നിട്ട് അവസാനം മാവ് തികഞ്ഞില്ലെങ്കിൽ ഗണപതിന്ന് തന്നെ മാവ് എടുത്തിട്ട് മുറുക്കുണ്ടാക്കിയിട്ട് ആ ഗണപതിക്ക് നിവേദ്യം അതുപോലെ സർവേശ്വരന്റെ വസ്തുക്കൾ എടുത്തിട്ട് കൊടുക്കാൻ ഓട്ട നാളികേരം നമ്മൾ ഉണ്ടാക്കിയതാണോ നാളികേരം വാഴപ്പഴം നമ്മൾ ഉണ്ടാക്കിയതാണോ എന്തുകൊടുക്കാനാണ് നമ്മളുടെ ഉള്ളത് അപ്പോ കൊടുക്കാൻ ഒന്നേ ഉള്ളൂ നമ്മളെ കൊടുക്കണം നമ്മളെ അങ്ങോട്ട് അർപ്പിക്കണം നമ്മൾ നമ്മളുടേതല്ല എന്നറിയണം ഭഗവാന്റെ ആണെന്ന് അറിഞ്ഞാൽ പിന്നെ എല്ലാ സ്വത്തും നമ്മളുടെ സ്വത്ത് തന്നെ ഒരു വിഷമവും അല്ല അപ്പോ മഹാബലി ഇവിടെ ഭഗവാനോട് പറഞ്ഞു പ്രഭോ ഇനി ഒന്ന് തരാനുണ്ട് പോൾ ബ്രണ്ടൻ ഭഗവാൻ രമണ മഹർഷിയോട് പറഞ്ഞു ആത്മജ്ഞാനത്തിന് ഷുഡ് ഐ നോട്ട് ഗീവ് അപ്പ് ഓൾ മൈ പൊസൻസ് മഹർഷി ഒരേ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു ദ പൊസസർ ടു എന്നാണ് വസ്തുക്കളെ മാത്രം കൊടുത്താൽ പോരാ എന്റെ വസ്തുക്കളെയൊക്കെ ഞാൻ ഉപേക്ഷിക്കേണ്ടേന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു വസ്തുക്കളെ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ ഈ ഉപേക്ഷിക്കുന്ന ആളുണ്ടല്ലോ അയാളെ ഉപേക്ഷിക്കും അതാണ് മുഖ്യം ഈ ഉപേക്ഷിക്കണ ആൾ അവിടെ ഉള്ളത്തോളം കാലം എന്തൊക്കെ വസ്തുക്കൾ കൊടുത്താൽ അത് ബാക്കി നിൽക്കും ഇപ്പൊ മഹാബലി തന്റേതൊക്കെ കൊടുത്തു തന്നെ കൊടുത്തില്ല മഹാബലി പറഞ്ഞു ഭഗവാനെ പെതാ എന്നെയും തരണം എന്റെ വസ്തുക്കളെ മാത്രം തന്നെ എന്റെ വസ്തുക്കളെന്ന് പറഞ്ഞു ഒന്നുമില്ല വിന്ധ്യാവലി മഹാബലിയെ കവച്ചു വയ്ക്കുന്ന അറിവോടുകൂടെ വിന്ധ്യാവലി പറഞ്ഞു ക്രീഡാർത്ഥം ആത്മനയിതം ത്രിജഗത് കൃതം തേ സ്വാത്മ്യം ത്രിയഹ അപര ഈശ കുര്യുഹു വിന്ധ്യവലിയുടെ അറിവ് നോക്കുക വിന്ധ്യാവലി പറഞ്ഞു ഭഗവാന് ഈ ജഗത്ത് മുഴുവൻ അങ്ങയുടെ ക്രീഡാരംഗം ഇവിടെ ഉള്ളതൊക്കെ അങ്ങയുടെ കളിപ്പാട്ടം ഇവിടെ അറിവില്ലാത്തവൻ ഇത് എന്റെ അത് എന്റെ എടുത്തു വെച്ച് ഷണ്ടകൊടും ഇതിൽ എന്തൊരു വിഡിതം അതുകൊണ്ട് പ്രഭോ എല്ലാം അവിടുത്തെ ആറണം ഇപ്പൊ ഞാൻ എന്നെയും അർപ്പിക്കണു അഹങ്കാരത്തിന്റെ സ്ഥാനമായി ഈ ശിരസിൽ അവിടുന്ന് കാലെടുത്ത് വയ്ക്കാം പാദദീക്ഷ ഭക്തന്മാരൊക്കെ ഭഗവാന്റെ പാദ ദീക്ഷയ്ക്ക് ആശിക്കും ഭഗവാന്റെ പാദം ശിരസിൽ വെക്കാൻ ആശിക്കും അങ്ങനെ പാദം ശിരസിൽ വെക്കാന്ന് വെച്ചാൽ ഈ പുറം തലയിലല്ല ഉള്ളിലിങ്ങനെ പൊന്തിന് അഹങ്കാരമുണ്ടല്ലോ ആ അഹങ്കാരത്തിന്റെ തലയിൽ വെക്കണം പാദം ദക്ഷിണാമൂർത്തിയുടെ ചില വിഗ്രഹങ്ങളൊക്കെ കണ്ടാൽ കാലിന്റെ ചോട്ടിൽ ഒരു അസുരനെ ചവിട്ടി പിടിച്ചിരിക്കും ആ അസുരൻ അഹങ്കാരം അഹങ്കാരം പൊന്തുമ്പോ അതിന്റെ തലയിലെ വലിമല പദത്തിനായി വൈത്തെ ഭഗവാൻ രമണ മഹർഷി ഒരു അഷ്ടകത്തിലെ ഒരു പാട്ടില് പറയുന്നു ഭഗവാനെ കാറ്റ് അഗ്നി ഭൂമി ജലം ആകാശം മനസ്സ് ബുദ്ധി സൂര്യൻ ചന്ദ്രനൻ മുതലായിട്ടുള്ളതൊക്കെ അവിടുത്തെ സ്വരൂപമായിരിക്കെ അവിടുന്ന് അല്ലാത്ത പോലെ ഒരു ഞാൻ എന്നൊന്ന് പൊന്തുണു അതെന്താണ് അത് എവിടുന്നു പൊന്തും ആ ഞാൻ എന്നുള്ള വസ്തുവും അവിടുത്തെ സ്വരൂപം തന്നെ അവിടുത്തെ അഖണ്ഡാകാര വസ്തുവായ അവിടുന്ന് ഒരു സമുദ്രം പോലെ അതിലൊരു അല പോലെ ഒരു അഹങ്കാരം പൊന്ണു അത് പൊന്തുപോ അതിന്റെ തലയ്ക്ക് ശിരസില് കാല് വെക്ക പാദം വെക്ക വിരിമലർ പദത്തിനായി വയ്ത്തേൻ ഭഗവാനെ ആ പദം അങ്ങയുടെ പാദം ആ അഹങ്കാരത്തിന്റെ തലയിൽ വെച്ച് അനുഗ്രഹിക്കും അപ്പൊ മഹാബലി മുമ്പിൽ നമസ്കരിച്ചപ്പോ ഭഗവാൻ മഹാബലിയുടെ ശിരസില് കൈ തലവെറ്റ് തലയില് കാല് വച്ച് മഹാബലിയോട് പറഞ്ഞു ഭക്തനെ ഞാൻ ഇങ്ങനെയാണ് അനുഗ്രഹിക്കുക ഞാൻ ആരെ അനുഗ്രഹിക്കണം നാശിക്കണോ അവരുടെ കയ്യിലുള്ള സമ്പത്തൊക്കെ പറിച്ചെടുക്കും അവരെ അപമാനിക്കും ലോകത്തിലുള്ളവര് പല വഴിതെറ്റിക്കാൻ നോക്കും ഇതൊക്കെ ഉണ്ടായിട്ടും മഹാബലി വഴിതെറ്റിയില്ല ശുക്രാചാര്യർ വ്യാജനീതി പറഞ്ഞു വഴിതെറ്റിയില്ല സമ്പത്തൊക്കെ പറിച്ചെടുത്തു വഴിതെറ്റിയില്ല സർവസ്വ സദാസമയവും ആ ശരണാഗതി ഭാവത്തോടെയേ അങ്ങനെയുള്ളതുകൊണ്ട് അടുത്ത ഇന്ദ്രപദവി തരണതല്ല വലിയ കാര്യം ഭഗവാൻ ഒരു ശ്ലോകം പറഞ്ഞൂടെ ഭഗവത്ഗീതയില് അനന്യാശിന്തയന്തോമാജനാപര്യുപാസതേ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനിക്കണ പോലെ ഒരുപക്ഷെ അതിനേക്കാളും ഗംഭീരമായൊരു ശ്ലോകം ഭാഗവതത്തിൽ വരുന്നു മഹാബലി പരിപൂർണ ശരണാഗതി ചെയ്ത ഭക്തന് ഭഗവാൻ കൊടുത്ത ഒരു വാക്ക് രക്ഷിഷ്യേ സർവത്തോഹം ത്വാം സാനുഗം സപരിച്ഛം സദാസന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ ആവലിയെ വീര എന്ന് വിളിച്ചു വീരൻ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യണവനല്ല തന്നെ പ്രഭുവിനർപ്പിക്കണവൻ വീരൻ അങ്ങനെ കൊടുത്ത ഹേ വീര രക്ഷിഷ്യേ സർവത്തോഹം ത്വാം തന്നെ സദാ സർവവിധത്തിൽ ഞാൻ രക്ഷിക്കും തന്നെ മാത്രമല്ല സാനുഗം തന്റെ പുറകെ ആരൊക്കെ ഉണ്ടോ ആരൊക്കെ അവരെയൊക്കെ രക്ഷിക്കും അവരെ മാത്രമല്ല സപരിച്ഛതം എന്തൊക്കെ വസ്തുവകകൾ തന്റെ കൂടെയുണ്ടോ അതിനെയൊക്കെ ഞാൻ രക്ഷിക്കും രക്ഷിക്കും എന്നുള്ളത് വെറും ഒരു വാക്ക് മാത്രമല്ല സദാ സന്നിഹിതം തന്റെ കൂടെ ഇരുന്ന് ഞാൻ രക്ഷിക്കും സന്നിഹിതം എന്ന് വാക്ക് മാത്രമല്ല തത്രമാം ദ്രക്ഷ്യത്തെ ഭവാൻ കൂടെ ഇരുന്ന് ഞാൻ രക്ഷിക്കുന്നതിനെ താങ്കൾ കാണും കണ്ടുകൊണ്ടേയിരിക്കും കൂടെ ഇരുന്ന് രക്ഷിക്കുന്ന പ്രഭുവിനെ കണ്ടുകൊണ്ടേ ഇരിക്കാനുള്ള അനുഗ്രഹം തനിക്ക് ഞാൻ തരുന്നു ഇതിനുമേലെ എന്തനുഗ്രഹം വേണം അങ്ങനെ പരമാനുഗ്രഹത്തിനെ ചെയ്ത് ബലിയെ മഹാബലിയെ പ്രഭു അനുഗ്രഹം ചെയ്തു അങ്ങനെ വാമനാവതാരം ഇനി അടുത്തത് മത്സ്യാവതാരം മുതലായിട്ടുള്ളതൊക്കെ ഉച്ചയ്ക്ക് കാണാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം